ദ്വന്ദ്വൈർ വിമുക്ത സുഖദുഃഖസൈ ഗി അമൂഢാ പദം അവ്യയം തത് ഭഗവാൻ സംസാരദുഃഖത്തിനെ മാറ്റിത്തീർക്കാനായിട്ടുള്ള മാർഗം പറഞ്ഞു സംസാരമാകുന്ന വൃക്ഷത്തിന്റെ വേരുപരച്ച് കളയാനുള്ള മാർഗം അഹങ്കാരമാവുന്ന വേര് ആ വേരിലാണ് ഈ വൃക്ഷം മുളച്ച് പൊന്തി നിൽക്കുന്നത് ആ വേര് നീക്കം ചെയ്യാൻ രണ്ടു മാർഗമേ ഉള്ളൂ ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ആത്മവിചാരം ചെയ്യണം അല്ല അത് സാധ്യമല്ലെങ്കിലോ പരിപൂർണമായി സർവേശ്വരനെ ശരണാഗതി ചെയ്യണം ഈ രണ്ടു മാർഗമേ ഉള്ളൂ ബാക്കിയൊക്കെ നടുവിലുള്ള മാർഗങ്ങളാണ് നമ്മളെ പരിപക്വമാക്കാനുള്ള മാർഗങ്ങളാണ് ബാക്കിയൊക്കെ അവസാനമായിട്ട് ഒന്നിൽ രണ്ടു ഒന്ന് തന്നെ വാസ്തവത്തിൽ ഒന്ന് ഈ ഞാൻ ആരാണ് എൻ്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ ഈ ഞാൻ എന്നുള്ളത് തന്നെ വാസ്തവമല്ല ഉള്ളത് ഒരഖണ്ഡ ചൈതന്യം മാത്രമാണ് എന്ന് തെളിഞ്ഞു വരുന്നു അത് ജ്ഞാനമാർഗം പുറമേയ്ക്ക് അത് ജ്ഞാനമാർഗം ഭക്തിമാർഗം എന്ന് പറയുന്നു അകമേക്ക് നടക്കുന്നത് രണ്ടു ഒന്നാണ് ഭക്തിയിൽ എന്ത് ചെയ്യുന്നു ആ അഖണ്ഡ ചൈതന്യത്തിനെ സർവേശ്വരനായി ഭാവിച്ച് ആ അഖണ്ഡ ചൈതന്യത്തിന് മുമ്പിൽ ഞാൻ അടങ്ങുന്നു അതാണ് നമ്മൾ നമസ്കാരം എന്ന് പറയുന്നത് ഞാൻ ഭഗവാന്റെ മുമ്പിൽ ഇല്ലാതാവലാണ് യഥാർത്ഥ നമസ്കാരം അപ്പൊ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഒരു ഞാൻ പ്രത്യേകിച്ച് അവിടെ ഇല്ല ഒരു അഹങ്കൃതി ഇല്ല ഇപ്പൊ ജനനം മരണം മുതലായിട്ടുള്ള ഈ ദുഃഖം അവിടെ അസ്തമിക്കുന്നു അതിനാണ് പ്രപത്തി എന്ന് ഭഗവാൻ പറഞ്ഞത് തമേവച് ആദ്യം പുരുഷം പ്രപത്തി ആദിപുരുഷനെ ശരണ പ്രപത്തി ചെയ്യുന്നു ശരണാഗതി ചെയ്യുന്നു ആ ആദിപുരുഷനിൽ നിന്നുമാണ് പ്രസൃതാ പുരാണി ഈ കർമ്മങ്ങളൊക്കെ തന്നെ എല്ലാ കർമ്മ ചലനങ്ങളും മനസ്സ് തന്നെ സൃഷ്ടി തന്നെ പൊന്തി വന്നിട്ടുള്ളത് അതിനൊക്കെ മൂലകാരണമായിട്ടുള്ള ആ ആദിപുരുഷന് ശരണാഗതി ചെയ്താൽ അവര് അധ്യാത്മനിഷ്ഠന്മാരായിട്ട് തീരുന്നു അധ്യാത്മനിഷ്ഠന്മാരായിട്ടുള്ള ജ്ഞാനികളെ പരമഭാഗവതന്മാരെ ഭഗവാൻ വിശേഷിപ്പിച്ചു നിർമ്മാണ മോഹാഹ ജിതസംഗദോഷാഹ അധ്യാത്മ നിത്യാഹ ദ്വന്ദ്വൈർ വിമുക്താഹ സുഖുഖസേഹി എത്ര ലക്ഷണങ്ങളാ നിർമാണമോഹസംഗദോഷ അധ്യാത്മനിത്യ വിനിവൃത്ത കാമ ദ്വന്ദ്വൈർ വിമുക്താ അഞ്ച് ലക്ഷണങ്ങളാണ് ഈ അഞ്ചനങ്ങളും അഞ്ചും അവരിൽ തെളിഞ്ഞു കാണുന്നു മാനവും മോഹവും പോയി വിഷയങ്ങളോട് സംഘം അല്പവും ഇല്ല നിരന്തരമായ ആത്മധ്യാനം ആഗ്രഹങ്ങളൊക്കെ തന്നെ ഉള്ളെന്ന് അറ്റുപോയിരിക്കുന്നു സുഖം ദുഃഖം നല്ലത് ചീത്ത ഗുണം ദോഷം ഈ ഭാവങ്ങളൊക്കെ തന്നെ വിട്ടുപോയി സമനിലയിൽ എത്തിയിരിക്കുന്നു അങ്ങനെയുള്ളവര് അമൂഢാഹ അവരുടെ മൗഢ്യം നീങ്ങിപ്പോയിരിക്കുന്നു ആത്മാവിനെ മറച്ചിരിക്കുന്ന തിരശീല തമസ് അത് വഴിവിട്ടുപോയി അത് വിലകിയിരിക്കുന്നു അത് മാറിയിരിക്കുന്നു ആ ഇരുട്ട് നീങ്ങിയിരിക്കുന്നു അങ്ങനെയുള്ളവര് അമൂഢാഹ അവര് മൂഢന്മാരല്ലാത്തവര് അവര് മാത്രമേ ഉള്ളൂ എന്നാണ് അങ്ങനെയുള്ളവര് അവ്യയം പദം ഗച്ഛന്തി ഇനി ഒരിക്കലും തന്നെ ചലനമില്ലാത്തതും നഷ്ടപ്പെടാത്തതുമായ പദത്തിൽ അവരെത്തുന്നു സ്വാരാജ്യ സാമ്രാജ്യത്തിൽ അവര് അഭിഷിക്തരാകുന്നു അവര് അവരുടേതായ സാമ്രാജ്യത്തിൽ നിൽക്കുന്നു അത് നഷ്ടമാവുകയേ ഇല്ല സ്വാമി രാമതീർത്ഥൻ വിവേകാനന്ദ സ്വാമികളുടെ കാലത്തുണ്ടായിരുന്ന ഒരു സന്യാസിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അദ്ദേഹം മഹാസമാധിയായി ഗംഗയിലെ ശരീരം ഉപേക്ഷിച്ചു ജലസമാധി അദ്ദേഹവും അമേരിക്കയിലൊക്കെ പോയി വിവേകാനന്ദൻ പോയ ശേഷം അദ്ദേഹത്തിനെ നിർബന്ധിച്ച് അയക്കുകയായിരുന്നു അദ്ദേഹത്തിന് പോകണം എന്ന ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല കുറെ ഭക്തന്മാരായിട്ട് അയച്ചു കയ്യിൽ അരക്കാശ് കയ്യില് തൊടാതെ പോയി അദ്ദേഹം ഒരു സഞ്ചി മാത്രം എടുത്തുകൊണ്ട് അമേരിക്കയിൽ പോയി സാക്രമെന്റോ നദിയുടെ തീരത്ത് കുറെ കാലം വസിച്ചു അപ്പൊ അദ്ദേഹത്തിനെ വളരെ ഒരു അത്ഭുതമായിട്ട് കണക്കാക്കിയിരുന്നു ആ നാട്ടിലുള്ളവരൊക്കെ ഉം അദ്ദേഹത്തിന് തോന്നുമ്പോ ചെലപ്പോഴൊക്കെ പ്രഭാഷണം നടത്തും അതൊക്കെ കൂടെ കൂട്ടി ചേർത്തിട്ട് ഇൻ ദ ബൂത്ത്സ് ഓഫ് ഗോഡ് റിയലൈസേഷൻ എന്ന പുസ്തകം കളക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പൊന്നും അത് ലഭ്യമല്ല രാമതീർത്ഥ പ്രസംഗങ്ങൾ എന്ന് മലയാളത്തിലും രാമതീർത്ഥ പ്രതിധ്വനികൾ എന്ന് ഉണ്ടായിരുന്നു പണ്ട് ഏതായാലും രാമതീർത്ഥസ്വാമികളെ കാണാനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് റൂസ് അദ്ദേഹം വന്നു അപ്പൊ പ്രസിഡന്റ് ഒരു ഡിന്നറിന് ക്ഷണിച്ചു രാമതീർത്ഥനെ രണ്ടുപേരും കൂടെ ആഹാരം കഴിക്കുമ്പോ രാമതീർത്ഥൻ സാധാരണ തന്നെ കുറിച്ച് രാമ ഞാൻ എന്ന് പറയില്ല രാമ രാമ എന്ന് പറയും പക്ഷെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂടെ ചേർന്നപ്പോ എംപറാമ എന്ന് പറയാൻ തുടങ്ങി തന്നെ കുറിച്ച് ചക്രവർത്തിയായ രാമൻ എന്നാണ് തന്നെ കുറിച്ച് സ്വയം ചക്രവർത്തിയായ രാമൻ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ ഈ അമേരിക്കൻ പ്രസിഡന്റ് ചൊറിഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹം ചോദിച്ചു സ്വാമി നിങ്ങൾ ഏത് രാജ്യത്തിന്റെ എംപറാ ഏത് രാജ്യത്തിന്റെ ചക്രവർത്തിയാ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് അങ്ങയെ കുറിച്ച് സ്വയം ചക്രവർത്തിയായ രാമൻ ചക്രവർത്തിയായ രാമൻ എന്ന് പറയണ പോലോ നിങ്ങൾ എവിടുത്തെ ചക്രവർത്തിയാ അപ്പൊ രാമതീർത്ഥസ്വാമികൾ പറഞ്ഞു അങ്ങയുടെ രാജ്യമുണ്ടല്ലോ അത് അഞ്ചു വർഷമേ നിൽക്കുള്ളൂ ഇപ്പൊ ജയിച്ച പോലെ ജയിച്ചാ പിന്നെയും വേണമെങ്കിൽ ഒരു അഞ്ചു വർഷം കൂടെ പോവാം അല്ലെ അഞ്ചു വർഷമേ നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അത് പോകും അപ്പൊ അത് നിൽക്കുമ്പോ വല്ല സ്വസ്ഥതയുണ്ടോ അത് പോയി പോകുമോ പോയി പോകുമോ എന്നുള്ള പേടിയാണ് ഉം നിൽക്കുമ്പോഴും സ്വസ്ഥതയൊന്നും ഇല്ല എവിടെങ്കിലുമൊക്കെ നാലുപേരെ അടിയിൽ വലിച്ചാ മതി ചോട്ടില് വീഴാനായിട്ട് അപ്പോ ഡിയർ പ്രസിഡന്റ് യു ആർ പൊസസ്ഡ് ബൈ യുവർ പൊസൻസ് എനിക്ക് ഭരിക്കാൻ ഒരു നാടും ഞാനും ഭരിക്കപ്പെടുന്നില്ല ആർക്ക് സ്വയം ആവശ്യത്തിലധികം സാമഗ്രികൾ ഇല്ലയോ കയ്യില് അവര് അടിമകളാവില്ല സ്വതന്ത്രരായിരിക്കും അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനാണ് അങ് പിടിച്ചിരിക്കുന്ന രാജ്യം അങ്ങയെ അങ് പിടിച്ചതിനെക്കാളും ബലമായി പിടിച്ചിരിക്കും ചിലരൊക്കെ രാവിലെ സിറ്റികളിലൊക്കെ കാണാം ട്രൗസറിട്ട് ഒരു നായിനെയും പിടിച്ചുകൊണ്ട് നടക്കും നമ്മള് ഗൗരവമായിട്ട് നടക്കുമോ അവര് പക്ഷെ വാസ്തവത്തിൽ ഇവര് നായിനെ പിടിച്ചിരിക്കുന്നുവോ നായി ഇവരെ പിടിച്ചിരിക്കണമോ ആലോചിച്ചു നോക്കിയാൽ നായ സ്വതന്ത്രമാണ് നായിക്ക് ഇവരുടെ കൂടെ നടക്കണം എന്നൊന്നും ആഗ്രഹമില്ല അത് പിടിവിട്ടാ അതിന്റെ പാട്ടിൽ പോകും പക്ഷെ ഇവർക്ക് അതിനെ പിടി വിട്ടിട്ട് ഒരിടത്തും പോവാൻ പറ്റില്ല അപ്പൊ ഇവരാണ് ആയിനെ പിടിച്ചിരിക്കുന്നത് അല്ലെ അപ്പോ അങ്ങ് പിടിച്ചിരിക്കുന്ന രാജ്യം അത് ജടവസ്തുവാണ് പക്ഷെ ആ രാജ്യത്തിനെ അങ്ങ് പിടിച്ചിട്ടുണ്ടല്ലോ അങ്ങയുടെ ആഗ്രഹം കാരണം അങ്ങ് തന്നെ അടിമയാണ് ആർക്ക് ആഗ്രഹമില്ലയോ വിനിവൃത്ത കാമാഹ ആരുടെ ഉള്ളിൽ നിന്ന് കാമനകളൊക്കെ വിട്ടുപോയിരിക്കുന്നുവോ അവര് ചക്രവർത്തികളാണ് അവർ അവ്യയമായ പദത്തിൽ ഇവിടെ തന്നെ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ പ്രതിഷ്ഠിതരാണ് അവരുടെ സാമ്രാജ്യം ഒരിക്കലും നഷ്ടപ്പെടില്ല അവരുടെ സാമ്രാജ്യം നഷ്ടമാവുകയേ ഇല്ല അതാണ് പ്രഹ്ലാദൻ ഭാഗവതത്തിൽ നരസിംഹസ്വാമിയോട് പറഞ്ഞു ഭഗവാനെ വലിയ വലിയ ആളുകൾ കൊതിക്കുന്ന ഇന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാരുടെ പദവി പോലും എന്റെ അച്ഛൻ ഒന്ന് കണ്ണു ചുളിച്ചു കാണിച്ചപ്പോൾ നഷ്ടമാവുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോ ഈ സാമ്രാജ്യവും രാജ്യഭോഗങ്ങളും സുഖങ്ങളും ഒക്കെ എന്ത് തന്നെയുണ്ട് ഇതിലൊക്കെ എന്ത് സുഖമുണ്ട് പശവശ് ഇതൊക്കെ തന്നെ ഇതിലൊക്കെ എന്ത് സുഖമുണ്ട് എന്തുണ്ട് എത്ര കാലം നിൽക്കും ഇതൊക്കെ തുച്ഛമാണ് ഇത് അറിഞ്ഞു കഴിയുമ്പോ എന്താവുന്നു അതിനോടുള്ള പിടി വിട്ടുപോയപ്പോ വൈരാഗ്യം ഉണ്ടാവുമ്പോ വൈരാഗ്യം പോലെ സുഖകരമായിട്ട് മറ്റൊന്നില്ല വൈരാഗ്യം ഭക്തിക്ക് ആദ്യപടി വൈരാഗ്യമുണ്ടായാൽ ഭക്തി ബലപ്പെടും ഭക്തി ബലപ്പെട്ടാൽ വൈരാഗ്യം ഉണ്ടാവും രണ്ടും പരസ്പരം പൂരകങ്ങളാണ് ഭഗവാന്റെ അടുത്ത് രാഗമുണ്ടാവുമ്പോ ഇതരരാഗ വിസ്മാരണം ഇതര വിഷയങ്ങളോട് വൈരാഗ്യം ഉണ്ടാവുമ്പോ മനസ്സ് തന്നെ അന്വേഷിക്കും ഏതിനോട് രാഗം വെക്കണോ എന്ന് അപ്പൊ അത് അവസാനം കണ്ടെത്തും ശാശ്വതമായി ഒരു വസ്തുവേ ഇവിടെ ഉള്ളൂ സർവേശ്വരൻ ഭഗവാനെ അല്ലാതെ വേറെ ആരെയും പിടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കും അപ്പൊ എന്താവും ഭക്തിയും വൈരാഗ്യവും പരസ്പരവും പൂരകങ്ങളാണ് അപ്പൊ വൈരാഗ്യത്തോടുകൂടെ ഭഗവാന്റെ പാദത്തിനെ ശരണാഗതി ചെയ്യുന്നു ശരണാഗതി ചെയ്യുമ്പോ പദം അവ്യയം ഗച്ഛന്തി ഒരിക്കലും നഷ്ടപ്പെട്ടു പോവാത്തതായ ശാശ്വതമായ പദത്തിനെ അവര് പ്രാപിക്കുന്നു ശാശ്വതമായ പദം അവർക്ക് സ്വന്തമായിത്തീരുന്നു എന്താ ശാശ്വതമായ പദം എവിടെയാ ശാശ്വതമായ പദമുള്ളത് അത് ഏത് സ്ഥലത്തിൽ വർത്തിക്കുന്നു എങ്ങനെ വർത്തിക്കുന്നു അതിന്റെ സ്വരൂപം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് ഭഗവാൻ അടുത്ത ശ്ലോകം പറഞ്ഞത് ന തദ്സയ്യത്തെ സൂര്യോ ന ശാങ്കോ നാവകാം യാന നിവർത്തന് തദ്ധാമരമം മമ നമ്മളുടെ ബുദ്ധിക്ക് മനസ്സിലാവുന്നത് എന്താ ഒരു സ്ഥലം അവിടെ പോകണം വരണം എന്നൊക്കെ അറിയാം മരിച്ചു കഴിഞ്ഞാൽ പിതൃലോകത്തിലേക്ക് പോകണം അല്ലെങ്കിൽ സ്വർഗലോകത്തിലേക്ക് പോകണം അങ്ങനെ പല ലോകങ്ങൾ ഈ ലോകങ്ങളിലേക്ക് പോക്കും വരവും നമുക്ക് ഭാവന ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മളുടെ ഭാവനയെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ പദമുണ്ടല്ലോ ആ പദത്തിൽ അർജുന അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നില്ല അഗ്നി പ്രകാശിക്കുന്നില്ല ഇവയ്ക്കൊന്നും ആ പദത്തിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല അതുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പ്രകാശിക്കുന്നത് ആ പരമപ്രകാശസ്വരൂപമായ വസ്തു അതിനെയാണ് ഇവിടെ തദ്ധാമ പരമം മമ അതാണ് എൻ്റെ പരമമായ ധാമ പരമമായ പദം ഞാൻ വർത്തിക്കുന്ന സ്ഥലം എന്റെ സ്വരൂപം ഈ ഗീതാശ്ലോകം പഠിച്ചിട്ട് ഒരു വൃദ്ധ ബ്രാഹ്മണൻ നല്ലവണ്ണം വേദാധ്യയനം ചെയ്ത ആള് അഗ്നിഹോത്രിയായ ബ്രാഹ്മണൻ തപോനിഷ്ഠൻ പത്തെഴുപത് എൺപത് വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹം ആദിശങ്കരാചാര്യർ ദിഗ്വിജയം ചെയ്യുമ്പോ ഒരു അഗ്രഹാരത്തിൽ ഒരു ഗ്രാമത്തിൽ വെച്ച് ഈ വൃദ്ധനെ കണ്ടു അപ്പൊ ഈ വൃദ്ധൻ ആചാര്യസ്വാമികളെ ചെന്ന് നമസ്കരിച്ച് ആചാര്യസ്വാമികളോട് ചോദിച്ചു ഭഗവാനെ എനിക്ക് വായസായിരിക്കും അങ്ങയുടെ ഉപദേശങ്ങളൊക്കെ ഞാൻ കേട്ടു ഞാൻ ഇത്രകാലം അഗ്നികാര്യങ്ങളൊക്കെ മുടക്കാതെ ചെയ്തു ഒന്നിനും ലോപം വരുത്താതെ ജീവിച്ചു പക്ഷെ ഇനിയും പരിപൂർണമായൊരു തൃപ്തി ആ പരമപദം എന്താണ് എന്ന് അങ്ങട് ഉറപ്പ് വന്നില്ല ബാക്കിയൊക്കെ അങ്ങട് അനുഷ്ഠിക്കുകയൊക്കെ തന്നെ ചെയ്തു എല്ലാം അടിച്ചു എല്ലാം അറിയേണ്ടതൊക്കെ അറിഞ്ഞു ചെയ്യേണ്ടതൊക്കെ ചെയ്തു ഇപ്പോഴും യഥാർത്ഥമായ അനുഭൂതി ആ പരിപൂർണ സ്ഥിതി എന്താണ് അത് കണ്ടെത്താനായിട്ടാണ് ഞാൻ അവിടുത്തെ ആശ്രയിച്ചിരിക്കുന്നത് എനിക്ക് ബോധിപ്പിക്കാം എന്നെ അറിയിക്കും എന്താണ് ആ സത്യം ആചാര്യസ്വാമികൾ ആ വൃദ്ധനോട് സംവാദമാണ് ആ സംവാദത്തിനിടയ്ക്ക് ഈ ശ്ലോകം ഇതിന്റെ മൂലശ്ലോകമായതിരകം നയമാവിദ്യു ഭാതി ഉം ഇവിടെ അതൊന്നും പ്രകാശിക്കുന്നില്ല അപ്പൊ ആ പരമപ്രകാശത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചയായി അപ്പൊ ആചാര്യസ്വാമികൾ ആ വൃദ്ധനോട് ചോദിക്കുകയാണ് പരമപ്രകാശം എന്താണ് എന്ന് കണ്ടെത്തിയാൽ ഭഗവാനെ കണ്ടെത്തി സ്വയം ജ്യോതി സ്വരൂപനായ പ്രഭുവിനെ പരമാത്മാവിനെ കണ്ടെത്തി ആകട്ടെ നമുക്ക് ഇപ്പൊ അറിവുള്ള പ്രകാശത്തിനെ വെച്ചുകൊണ്ട് ആരംഭിക്കാം അപ്പൊ ആ വൃദ്ധനോട് ആചാര്യസ്വാമികൾ ചോദിച്ചു കിം ജ്യോതിഹിത്തവ അഹനി പകൽവേളയിൽ താങ്കൾക്ക് എന്താണ് പ്രകാശം അഹനിമേ ഭാനുമാൻ പകൽവേളയിൽ അങ് വെളിച്ചം കൊണ്ടാണ് ലോകത്തിനെ കാണുന്നത് കിം ജ്യോതിഹിത്തവ ഭൻ അഹനിമേൻ വൃദ്ധൻ പറഞ്ഞു ഇതിലെന്ത് സംശയം സൂര്യപ്രകാശം കൊണ്ട് ഞാൻ ലോകത്തിനെ കാണുന്നു സൂര്യന്റെ വെളിച്ചം കൊണ്ടാണ് ഞാൻ ലോകത്തിലെ പദാർത്ഥങ്ങളെയും വസ്തുക്കളെയും ഒക്കെ തന്നെ കാണുന്നത് രാത്രി രാത്രിയിലോ രാത്രിയിലെങ്ങനെ കാണുന്നു സൂര്യൻ ഇല്ലല്ലോ സൂര്യ വെളിച്ചം ഇല്ലെങ്കിൽ എങ്ങനെ കാണും ചന്ദ്രന്റെ വെളിച്ചം പോരാ അല്ലേ അപ്പൊ എന്തുകൊണ്ട് കാണും പ്രദീപാധികം വിളക്ക് കൊളുത്തിവെച്ച് കാണും വീട്ടിലൊക്കെ വിളക്ക് കൊളുത്തിവെച്ച് പ്രദീപം മുതലായിട്ടുള്ളത് അതായത് വിളക്കു കാണും അഗ്നി കൊണ്ട് സഹായി സഹായത്തോടെ കാണും അങ്ങനെ ആയിക്കോളട്ടെ രവിദീപ ദർശനവിധ്യോതിരാഖ്യാഹിതേ ഈ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ എങ്ങനെ കാണുന്നു സൂര്യനും ചന്ദ്രനും ഒക്കെ എങ്ങനെ കാണുന്നു ചുഹു കണ്ണുകൊണ്ട് കാണുന്നു കണ്ണുള്ളത് കൊണ്ട് സൂര്യനെ കാണുന്നു ചന്ദ്രനെ കാണുന്നു അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രകാശം ഉണ്ടായിട്ടും എനിക്ക് എന്ത് പ്രയോജനം കണ്ണുകൊണ്ടാണ് അവയെ ഗ്രഹിക്കപ്പെടുന്നത് അവരൊക്കെ ഗ്രഹിക്കപ്പെടുന്നത് കണ്ണുകൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ശരി തസ്യ നിമിലനാദി സഭയേ കിം കണ്ണടച്ചു പിടിക്കുമ്പോ രാത്രി ഇരുട്ട് മുറിയിൽ ലൈറ്റൊക്കെ കെടുത്തിയിട്ട് കിടന്നുറങ്ങും അല്ലേ കാറ്ററാക്ട് ഓപ്പറേഷൻ കണ്ണാടി ഇട്ടിട്ടുള്ള ആളുകൾക്ക് പോലും ഉറക്കത്തിൽ സ്വപ്നം കാണാൻ കണ്ണാടി ഒന്നും വേണ്ട വേണോ സ്വപ്നം ഒന്നും ഭംഗിയിട്ട് കാണുന്നു അതുകൊണ്ട് രാത്രി കണ്ണട ഇട്ടിട്ട് കിടക്കുക എന്നില്ല പതിവ് നല്ലവണ്ണം കണ്ടു സ്വപ്നം നല്ല വെളിച്ചത്തിൽ കണ്ടു സ്വപ്നം ആ വെളിച്ചം എവിടുന്നു വന്നു സ്വപ്നത്തിന് ഞാനിപ്പോ പ്രഭാഷണം ചെയ്യുന്നതായിട്ട് കണ്ടാൽ ഇത്രയും പ്രകാശമുള്ള വിളക്കൊക്കെ കാണും അപ്പൊ ആ ലൈറ്റൊക്കെ എവിടെ വന്നു അതുകൊണ്ടാണ് സ്വപ്നത്തിലെ ജീവന എന്ന് പറയുന്നത് നല്ല പ്രകാശം പ്രകാശമാനമായി കാണുന്നു അത് എവിടുത്തെ പ്രകാശമാ ധീ ബുദ്ധിയുടെ പ്രകാശമാണ് എന്ന് പറഞ്ഞു ധിയോദർശനേക്കും ആ ബുദ്ധി ഉണ്ടെന്നും ബുദ്ധി ഇല്ല അതായത് സുഷുപ്തി അവസ്ഥയിൽ സുഖമായി ഉറങ്ങുമ്പോ ആ ബുദ്ധിയടക്കം ചെന്ന് എവിടെയോ ലയിക്കുന്നു അപ്പൊ രാത്രി രാവിലെ എണീറ്റാൽ ഒന്നും അറിഞ്ഞില്ല സുഖമായിരുന്നു പറയുന്നു ഒന്നും അറിഞ്ഞില്ലാന്ന് എങ്ങനെ അറിഞ്ഞു അല്ലെ ബുദ്ധി പ്രവർത്തിച്ചില്ലെന്ന് അറിഞ്ഞു അല്ലോ ബുദ്ധി പ്രവർത്തിച്ചില്ല എന്ന് ആർക്കറിഞ്ഞു ആ ബുദ്ധി തദ്വൃത്തി സദ്ഭാവം അഭാവം അഹമിത്യം ആ ബുദ്ധിയുടെ സദ്വൃത്തിയും അസദ്വൃത്തിയും ആര് ഗ്രഹിക്കുന്നു വളരെ സൂക്ഷ്മമാണ് വേദാന്ത ബുദ്ധിയെ സൂക്ഷ്മപ്പെടുത്തിപ്പെടുത്തിപ്പെടുത്തി സൂക്ഷ്മം ശുദ്ധം ഉം തീക്ഷണമല്ല അല്ലവണ്ണം നോക്കണം തീക്ഷണബുദ്ധി ഇവിടെ വേണ്ട സൂക്ഷ്മ ബുദ്ധിയും ശുദ്ധ ബുദ്ധിയും വേണം തീക്ഷണബുദ്ധി കൊണ്ട് ഒരുപാട് പഠിക്കാം ഒരുപാട് മനസ്സിലാക്കാം പക്ഷെ നമ്മളെ കുറിച്ച് നമ്മളുടെ ഉള്ളിലുള്ള വിഷയം അറിയണമെങ്കിൽ ബുദ്ധി സൂക്ഷ്മവും ശുദ്ധവുമാവണം ശുദ്ധമാവുമ്പോ കാണാം ബുദ്ധിക്കും സാക്ഷിയായിട്ടുള്ളത് ആരാണ് തത്ര അഹം ആ ബ്രാഹ്മണൻ പറഞ്ഞു ഭഗവാനെ ഞാൻ തന്നെ അതിനു പ്രകാശം ബുദ്ധിയെയും കണ്ടുകൊണ്ട് ബുദ്ധിക്കും സാക്ഷിയായി നിൽക്കുന്നവൻ ഞാൻ ഭവാൻ പരം ജ്യോതിഹി തത്വമസി അങ്ങനെ തന്നെ ആകുന്നു ആ പരമപ്രകാശം തദസ്മി പ്രഭോ ഹേ പ്രഭോ അത് തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞ ആ വൃദ്ധൻ അവിടെ തന്നെ അതിനിശ്ശലമായി കുറച്ചു നേരത്തേക്ക് സമാധായ മനോ ബ്രഹ്മണി മാനസം കുറച്ചു നേരത്തേക്ക് നിർവികൽപ്പമായ സമാധിനിഷ്ഠയിൽ ഇരുന്നു അത്രയും തന്നിൽ തന്നെ താനായി കണ്ടു ഇത് തന്നെ ഹരിനാമകീർത്തനത്തിലെ അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നുകണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ ഹരിനാരായണായ നമ എല്ലാറ്റിനും കണ്ണ് എല്ലാറ്റിനും കണ്ണായിട്ട് നിൽക്കുന്ന വസ്തു സർവസാക്ഷി അതുകൊണ്ടേ ഭഗവാനെ കണ്ണൻ എന്ന് വിളിക്കണം എല്ലാറ്റിനും കണ്ണാണവൻ അപ്പോ സർവസാക്ഷിയായി നിൽക്കുന്ന അവബോധം ആ അവബോധം പ്രപഞ്ചത്തിനെ ഗ്രഹിക്കപ്പെടുന്നു അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെ ആര് ഗ്രഹിക്കും ആത്മനഹ ദൃശ്യ ഗുണേഷു സന്നിധി വ്യവസ്യത്തെ സ്വ്യതിരേകത ഭാഗവതത്തിൽ വസുദേവർ പറയുന്നു ഈ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭൂതി ആത്മവസ്തു ഈ അനുഭൂതി അഹമസ്മി എന്നുള്ള അനുഭവം ഇല്ലെങ്കിൽ പ്രപഞ്ചം എവിടെ ഗ്രഹിക്കപ്പെടും പ്രപഞ്ചത്തിന് എങ്ങനെ ഗ്രഹിക്കും അനുഭൂതി എന്നുള്ളത് ബ്രഹ്മത്തിന്റെ മാത്രം ലക്ഷണമാണ് അനുഭൂതി ജഡപദാർത്ഥങ്ങൾക്ക് ഒന്നിനും തന്നെ അനുഭൂതിയില്ല അനുഭൂതി എന്നുള്ളത് ചൈതന്യത്തിന്റെ സ്വരൂപമാണ് അനുഭവം ഞാൻ എന്നുള്ള അനുഭവം അല്ലേ നമുക്കൊക്കെ ഉറപ്പുള്ള കാര്യം അതൊന്നു മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വെറുതെ നമുക്ക് യുക്തി ചിന്ത ഉള്ളൂ ബാക്കിയെല്ലാം ഈ ഉണ്ട് എന്നുള്ളത് ഒഴിച്ച് ബാക്കി ഒക്കെ ഊഹമാണ് നിങ്ങളുണ്ട് എന്നിപ്പോ എനിക്ക് ഇന്ദ്രിയവേദ്യമാണ് അനുഭവമൊന്നുമില്ല നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇന്ദ്രിയം പറയണു കണ്ണ് പറയണു അതാ നിങ്ങളൊക്കെ ഉണ്ട് ഞാൻ കണ്ണടച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും എണീറ്റ് പോയാലോ ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എണീറ്റ് പോയാലോ അറിയില്ല അല്ലെങ്കിൽ തൊട്ടു നോക്കണം നിങ്ങളെ സ്പർശം അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം ഞാൻ കേൾക്കണം ശബ്ദം രൂപം രസം ഗന്ധം എന്തിനെങ്കിലുമൊക്കെ ആശ്രയിച്ചിട്ട് മാത്രമേ ഞാൻ അല്ലാത്ത വസ്തുക്കളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനപ്പെടുത്താൻ പറ്റുള്ളൂ എന്തിനു പറയണു സ്വന്തം ശരീരമടക്കം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഇന്ദ്രിയം വേണം ടച്ച് സെൻസ് വേണം എന്ന് പറഞ്ഞു തോന്നണോ ഞാൻ കാലില്ലാത്ത ആൾക്ക് കാലില്ലാന്ന് പോലും ഓർമ്മയില്ലാതെ എഴുന്നേറ്റ് നടന്നു ചുവട്ടില് വീണു ഒരിക്കൽ എന്താ ഓർമ്മയില്ല പക്ഷേ ഇങ്ങനെ ഞാനുണ്ടോ ഇല്ലയോന്ന് ആരെങ്കിലും മറന്നു പോവോ മറന്നു പോവാൻ കഴിയുവോ അതെങ്ങനെ ഉറപ്പ് വന്നു കൺവിക്ഷൻ എക്സ്പീരിയൻസ് അനുഭവം അല്ലെ ഞാനുണ്ട് എന്നുള്ളത് അനുഭവം അതാണ് വാക്ക് കുറെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോ ഒരിക്കലും ചോദിച്ചു കുട്ടികളോട് എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് ചോദിച്ചു ഇരുട്ടിൽ ഇരിക്കുമ്പോ ഉണ്ടോ ഇല്ലയോ എന്ന് എന്തുകൊണ്ട് സംശയം വരുന്നില്ല ബാക്കിയുള്ളവരുണ്ടോ ഇല്ലയോ സംശയം വരുന്നുള്ളൂ അവനവനോ ഉണ്ടോ ഇല്ലയോന്ന് എന്തുകൊണ്ട് സംശയം വരണില്ല ഒരു കുട്ടി അപ്പ എണീറ്റ് പറഞ്ഞു അനുഭവം ഞാൻ അനുഭവിക്കണോ ഞാനുണ്ട് എന്നുള്ളത് സത്താമാത്രം നിർവിശേഷം സത്താമാത്രം ഉണ്ട് എന്നുള്ള അനുഭൂതി ബ്രഹ്മത്തിന്റെ ഒരു പാദമാണത് ഒരു കലയാണത് അത് നമ്മളിൽ പ്രകാശിക്കുന്നു ഇനി രണ്ട് കല കൂടെ ഉണ്ട് ആനന്ദം എന്നുള്ള കലയെ നമ്മൾ ശ്രദ്ധിക്കാത്ത ഇടത്തോളം മറ്റേ രണ്ട് കലയും പ്രകാശിക്കില്ല സത്ത് എന്നുള്ള കല നമുക്കിപ്പോ സിദ്ധമാണ് എല്ലാവർക്കും കിട്ടിയിരിക്കണുണ്ട് അറിയുന്നുണ്ട് പക്ഷേ മറ്റേത് രണ്ടും അറിയണില്ലല്ലോ അതാണ് ആളുകൾ ചോദിക്കുന്നത് ഇപ്പൊ ഞാൻ ഉണ്ടെന്ന് എനിക്ക് അറിയാം പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം എല്ലാവരും പറയുന്നു ആത്മസാക്ഷാത്കാരം ഉണ്ടായാൽ ആനന്ദം ഉണ്ടാവും ശാന്തി ഉണ്ടാവും തൃപ്തി ഉണ്ടാവും എന്നൊക്കെ പറയുന്നു ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം എന്ത് കാര്യം അതെ വീട്ടില് കൊറേ പിച്ചളപാത്രം അതൊക്കെ കൊണ്ടുപോയി കടയിൽ വിൽക്കാൻ കൊണ്ടുപോയി കൊറേ വർഷങ്ങളായിട്ട് കിടക്കുക അത് വിലയേ ഇല്ല മുത്തശ്ശനിയും അച്ഛന്മാരും ഒക്കെ ചീത്ത ഒരു പ്രയോജനം ഇല്ലാതെ ഈ പിച്ചളപാത്രം ഇങ്ങനെ വാങ്ങി വാങ്ങി വാങ്ങി വാങ്ങി കൂട്ടിയിരിക്കണം എന്ന് ചീത്ത പറഞ്ഞ് നമുക്കൊക്കെ ഇതൊരു ഭാരം പുതിയ വീട് കെട്ടിയിട്ടും ഈ പാത്രം ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴേ ആരോ പറഞ്ഞത് അവിടെ ഒരു കട എന്നെ അവിടെ കൊണ്ട് കൊടുത്താൽ മതി ഒക്കെ കൂടെ പെറുക്കി ചാക്കിൽ കെട്ടി കൊണ്ടുപോയി കൊണ്ടുപോയപ്പോ ആ കടകാരനൊരു നല്ല ആളുവാകും അയാൾ നോക്കിട്ട് പറഞ്ഞു സ്വാമി ഇത് പിച്ചളപാത്രമല്ല തനി സ്വർണം കൊറേ കാലമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് ക്ലാവ് പിടിച്ച് കിടക്ക തനി സ്വർണമാണോ കൊടു അടുത്ത ക്ഷണം ഭാവം മാറി അതൊക്കെ കെട്ടി വരിഞ്ഞെടുത്തു വീട്ടിൽ കൊണ്ടുപോയി അടുത്ത ദിവസം ഒന്നും ഉറക്കമില്ല ഇത് വീട്ടിൽ കൊണ്ടുവച്ചെ തലേ ദിവസം വേറെ ഉമ്മർത്തൊക്കെ എടുത്ത് ഇട്ടിരുന്നതാ അതിപ്പോ അത് ഉറക്കമില്ല അതിനെ തുടച്ചു വെക്കലും തുടച്ചു വെക്കലും അച്ഛന്റെ പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് ചന്ദനത്തിരി ഒക്കെ കൊളുത്തി വെച്ചു അച്ഛന്റെയും മുത്തശ്ശന്റെയും പഴയ ഫോട്ടോ ഒക്കെ എടുത്ത് തുടച്ച് അതിൽ മാലയൊക്കെ ഇട്ട് അവരുന്നല്ലേ കിട്ടിയത് എന്നാണ് ി ഉള്ള സാധനത്തിന്റെ വില അറിയണം തെരയാതെ കിട്ടിയിട്ടുണ്ട് രമണ മഹർഷി അക്ഷരമണമാലയിൽ ഒരു പാട്ടിൽ പറഞ്ഞു തേടാതെ ഉത്രനൽ തിരുവരുൾ നിധി അക തിയക്കം തീർത്ത് അരുൾ അരുണാചല ഹേ അരുണാചല അങ്ങ് ഞാൻ അല്പം പോലും തെരയാതെ അന്വേഷിക്കാതെ കിട്ടിയിട്ടുള്ള ഒരു തിരു അരുൾ നിധി കൃപയെ സ്വരൂപമായിട്ടുള്ള ഒരു മഹാനിധിയാണ് ഇനിയിപ്പൊ എന്തു വേണം ആ നിധിയുടെ വില എനിക്ക് മനസ്സിലാവണം ആ നിധിയെ ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങണം അതാണ് ജ്ഞാനത്തിന് സാധനയല്ല ശ്രദ്ധാവാൻ ലഭതെ ജ്ഞാനം എന്ന് ഭഗവാൻ പറയാൻ കാരണം ഈ സത്താമാത്രമായ വസ്തു ഉണ്ടല്ലോ അതിനെ ശ്രദ്ധിച്ചു തുടങ്ങണം നോക്കണം വേദാന്തം നമുക്ക് വലിയൊരു കുഴപ്പം പറ്റിയത് എന്താ അറിയോ വേദാന്തത്തിനെ അണ്സസസറിൽ ആവശ്യമില്ലാതെ ഇന്റലക്ച്വലൈസ് ചെയ്തു ഒരു ബുദ്ധിയുടെ ഒരു വ്യാപാരമാക്കി മാറ്റി ഇത് ബുദ്ധി വ്യാപാരമല്ല ഹൃദയവിദ്യ എന്നാണ് ഉപനിഷ പറയുന്നത് ശ്രുതി പറയുന്നത് ഹൃദയവിദ്യ അതാണ് തേനേ ബ്രഹ്മ ഹൃദായ എന്ന് ഭാഗവതം പറയാൻ കാരണം ഹൃദയം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നൈതർ ഇന്റലക്ച്വൽ നോർ ഇമോഷണൽ ഒന്ന് ബുദ്ധിയുടെ വ്യാപാരവും മറ്റേത് മനസ്സിന്റെ വ്യാപാരവും ആണ് സെന്റിമെന്റൽ ആയിട്ടുള്ളത് മനസ്സിന്റെ വ്യാപാരവും മറ്റേ എന്താ ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ളത് ബുദ്ധിയുടെ വ്യാപാരവുമാണ് ഇതിന് രണ്ടും അല്ലാതെ ഹൃദയം എന്നൊരു മണ്ഡലം നമ്മളുടെ ഉള്ളിലുണ്ട് അത് ഉണർന്നു കഴിഞ്ഞാൽ വികാരത്തിലൂടെയുമല്ല ബ്രഹ്മത്തിനെ അറിയുന്നത് ബുദ്ധിയിലൂടെയുമല്ല പിന്നെയോ ചിത്വിലാസം ആണ് ചിത്വിലാസം ഉള്ളിൽ ഏർപ്പെട്ടു തുടങ്ങും ആ ചിത് ശക്തി ഉള്ളിൽ തെളിഞ്ഞു വന്നു തുടങ്ങും അഹമസ്മി എന്നുള്ള അനുഭവത്തിനെ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ ഞാൻ ഉണ്ട് എന്നറിയുന്നു അതിനെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ അത് എല്ലാ ജ്യോതിസുകൾക്കും ജ്യോതിസായി പ്രകാശിക്കും അത് ഉള്ളില് തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വരും അതാണ് ഭാഗവതത്തിൽ പല സ്ഥലത്തും അതിന് ദീപം വിളക്ക് നമുക്ക് പറഞ്ഞു ലോട്ടിനെയും വിളക്കുന്ന വിളക്ക് ഈ വിളക്ക് എന്നുള്ള വാക്ക് തമിഴ്ന്നാണ് വന്നത് തമിഴ് ഈ വിളക്ക് എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുന്നത് എന്ന അർത്ഥമാണ് വിളക്കരുത് കമൻട്രി എന്നാണ് പറയുക നമ്മൾ വ്യാഖ്യാനം എന്നുള്ളതിനെ തമിഴില് വിളക്കുക എന്നാണ് അപ്പോ ജ്വലിപ്പിക്കുന്നത് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്ന ഒരു വിളക്ക് നമ്മളുടെ ഉള്ളിലുണ്ട് ആ വിളക്കാണ് നമുക്കൊക്കെ അറിയുന്നു ഞാൻ ഉണ്ട് ഞാൻ ഉണ്ട് നമ്മൾ പതുക്കെ മനസ്സിനെ ഈ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിലേക്ക് ഒന്നിങ്ങനെ വിട്ടുനോക്കുക ഇതാണ് സാധനം ജപം ചെയ്തോളൂ ജപം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തിയിട്ട് ജപിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഈ ജപശബ്ദം മനസ്സ് നിശ്ചലമാവുമ്പോ ഇതിന് പുറകിലുള്ള ആളാര ുദ്ധിയെയും പ്രചോദിപ്പിച്ചുകൊണ്ട് ഉള്ളിൽ നിൽക്കണത് അതാണ് സവിതൃദേവത എന്ന് പറയുന്നത് പുരുഷേ യശാസാവാദിത്യേ സേക സൂര്യനെയും പ്രകാശിപ്പിക്കുന്നു എന്റെ ഉള്ളിലിരുന്ന് നഹാധിയാഹ പ്രചോദയാ നമ്മളുടെ ഒക്കെ ബുദ്ധികളെ പ്രചോദിപ്പിച്ചുകൊണ്ട് ബുദ്ധിക്ക് സാക്ഷിയായി ബുദ്ധിക്ക് പുറകിൽ നിന്നുകൊണ്ട് ബുദ്ധിയേയും ചലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു അവബോധമേ സ്വരൂപമായി ജ്ഞപ്തിയെ സ്വരൂപമായി നിൽക്കുന്നു പക്ഷെ എന്താ വിഷമം എന്ന് വച്ചാൽ ഒന്നാമത് ഇത് പറയുമ്പോ പിടികിട്ടല്ലേ ആദ്യം പിടികിട്ടിയാലും ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോ ഈ സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങളോട് കൂടി മനസ്സുണ്ടല്ലോ നമ്മളെ അങ്ങനെ കൊണ്ടുവന്ന് പൊക്കി ഒഴുക്കി കൊണ്ടുപോയി കളയും അതുകൊണ്ടാണ് മുച്ചുകുന്ദൻ പ്രാർത്ഥിച്ചത് തസ്മാ വിസർജ്യ ആശിഷ ഈശ സർവത രജസ്തമസ്വഗുണാനുബന്ധനാ നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാം ജ്ഞപ്തിമാത്രം പുരുഷം അദ്ദേഹം യോഗിയാണ് കുറെയൊക്കെ പരിശ്രമിച്ചു നോക്കിയിട്ടുണ്ട് എന്നിട്ടും നടന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാനോട് പറഞ്ഞത് ഭഗവാനെ ഞാൻ എവിടെങ്കിലും ഒക്കെ കിടന്ന് ഉറങ്ങിക്കൊള്ളാം സംസാര പ്രവർത്തി വേണ്ട സാക്ഷാത്കാരം ഉണ്ടായിട്ടില്ലെങ്കിൽ പോട്ടെ ദേവന്മാരോട് ചോദിച്ചു അദ്ദേഹം എന്താ വരൻ വേണ്ടത് ചോദിച്ചപ്പോ ദേവന്മാരോട് പറഞ്ഞുവേ എനിക്ക് കൈവല്യം വേണം എന്ന് പറഞ്ഞു അപ്പൊ ദേവന്മാര് പറഞ്ഞു ഈ കൈവല്യം ഞങ്ങൾക്ക് തരാൻ പറ്റില്ല സാക്ഷാത് സർവേശ്വരം തന്നെ വരണം ബാക്കി എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചോളൂ നിങ്ങൾക്ക് കൈവല്യം തരാൻ പറ്റില്ലെങ്കിൽ ചോദിക്കാൻ യോഗ്യത ഉള്ള ഒരു വരമേ ഉള്ളൂ ഉറക്കം എന്താന്ന് വെച്ചാൽ എണീറ്റ കൊഴപ്പം പറ്റിക്കും പ്രവർത്തിച്ചിട്ട് കർമ്മം കൂട്ടിച്ചേർക്കും എവിടെയും കിടന്ന് ഉറങ്ങിക്കോളാം അദ്ദേഹം യോഗിയായിരുന്നു നവമസ്കന്ധത്തിൽ പറയുന്നുണ്ട് മുച്ചകുന്തം ച യോഗിനം അദ്ദേഹം ഒരു യോഗം യോഗത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് കാര്യമൊക്കെ പിടികിട്ടി പക്ഷെ പറ്റുന്നില്ല അത്രയേ ഉള്ളൂ ഒക്കെ കിട്ടി പക്ഷെ എവിടെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒന്നും ഒന്നും ഗഡിച്ച് കിട്ടുന്നില്ല കാര്യമൊന്നും ഒന്നൊന്നും ചേർന്ന് കിട്ടണില്ല ലിങ്ക് കിട്ടണില്ല അപ്പോഴാണ് ഭഗവാനോട് ചോദിച്ചത് മനസ്സിൽ വിട്ടാൽ അത് സത്വം രസസ് തമസ് വലിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് കേവലമായ അവബോധം കണ്ണിന്നു കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായെന്ന് ഉറയ്ക്കാനുള്ള വരം തരൂ അല്ലാതെ ബുദ്ധിയുടെ പിടിയിലോ മനസ്സിന്റെ പിടിയിലോ ഇന്ദ്രിയങ്ങളുടെ പിടിയിലോ ഞാൻ പെട്ടുപോകരുത് അതിനെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന പരമപ്രകാശം ജ്യോതിഷാം അപ്പി തത് ജ്യോതി തമസഫ് പരം ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം ഭഗവാന്റെ തന്നെ ഇനി പറയാൻ പോകുന്നു ജ്യോതിസുകൾക്കൊക്കെ അത് ജ്യോതിസാണ് അത് എവിടെ പ്രകാശിക്കുന്നു ഹൃദി സർവസ്യ വിഷ്ഠിതം ഹൃദയത്തിൽ ഇരിക്കുന്നു അത് അറിവാണ് അറിയപ്പെടേണ്ട വസ്തുവാണ് അറിവുകൊണ്ട് ലഭിക്കേണ്ട വസ്തുവാണ് ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം എല്ലാറ്റിനും സർവം ആധാരമായിട്ടുള്ള അറിവാണത് ഞപ്തിയാണത് അവേർനെസ് അവബോധം അതിനെയാണ് ഇവിടെ ഭഗവാൻ അവ്യയം പദം എന്ന് പറഞ്ഞത് ഈ ശരീരത്തിലുള്ളപ്പോ തന്നെ ഈ ഞാൻ എന്താണ് ഞാൻ ആരാണ് എന്നിങ്ങനെ അന്വേഷിച്ച് നിരന്തര അന്വേഷണം കൊണ്ട് അഹങ്കാരം അതിന്റെ മൂലത്തിൽ അടങ്ങി അഹംബോധം പ്രകാശിക്കും രണ്ടെണ്ണം ഒന്ന് ാരം രണ്ട് അഹംബോധം അഹംബോധം പ്രകാശിക്കുന്നതിൽ രണ്ട് തലമുണ്ട് അത് ഇനി ഭഗവാൻ പിന്നീട് പറയാൻ പോകുന്നു ഒന്ന് അക്ഷരം എന്ന തലവും ഒന്ന് പുരുഷോത്തമൻ എന്ന തലവും അത് രണ്ടും ഉണ്ട് അത് നമ്മൾ പിന്നീട് കാണാം ഈ അഹങ്കാരത്തിനെ മൂലത്തിൽ അടക്കുക അന്വേഷിച്ചു നോക്കിയാൽ അഹങ്കാരമില്ല രാമകൃഷ്ണ പരമവംശർ പറയും ഉള്ളി പോലെയാണെന്നാണ് വെങ്കായം പോലെ അത് തൊലിച്ചു തൊലിച്ചു തൊലിച്ചു തൊലിച്ചു പോകുമ്പോൾ ഉള്ളിൽ കാണാനില്ല ണാനില്ല വെങ്കായം തൊലിച്ച് തൊലിച്ച് തൊലിച്ചു പോണ പോലെ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല പിന്നെ അവസാനം ഉള്ളിൽ ഇങ്ങനെ ഒരു നഴല് പൊന്തുണു അതിന്റെ സ്വരൂപം എന്താ ഇങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോ അന്വേഷിക്കുമ്പോ അത് പോകും ധാവതി അഹങ്കാരിശാചേശ അന്വേഷിച്ചാൽ അത് ഓടിപ്പോകും അപ്പോ ആ അഹങ്കാരം അടങ്ങുന്ന സ്ഥലത്ത് പ്രകാശിക്കുന്നതാണ് അവ്യയം പദം അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നും വേണ്ട മറ്റൊന്നിനും അതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല സ്വബോധേ അന്യബോധേ ബോധരൂപതയാ ആത്മനഹ നീപസ് അന്യദീപേച്ഛ യഥാ സ്വാത്മപ്രകാശനേ ആചാര്യസ്വാമികളുടെ ആത്മബോധത്തിലെ ശ്ലോകമാണ് സ്വബോധേ ന അന്യബോധേച്ഛ താൻ ഉണ്ട് എന്നുള്ളതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു ബോധം വേണ്ട മറ്റാരും പറയണ്ട ദീപ്യ അന്യദീപേച്ഛ ഒരു വിളക്കുണ്ടോ എന്ന് പറയാം മറ്റൊരു വിളക്ക് വേണ്ട സ്വയം പ്രകാശമാണത് അതുപോലെ ഈ അവ്യയമായ പദം പരമപദം സ്വയമേവ പ്രകാശിക്കുന്നു അത് പ്രകാശിക്കുന്നത് സൂര്യൻ പ്രകാശിക്കുന്നു ചന്ദ്രൻ പ്രകാശിക്കുന്നു നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നു സർവത്തിനും ആധാരമായിട്ടുള്ള പരമപ്രകാശമാണ് ആ പദം അതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ ഈ ഒരു ശ്ലോകം മനസ്സിലാക്കിയാൽ ഗീത അറിഞ്ഞു ശശാകോ പാവകർത്ത ആ പരമപഥത്തിനെ കണ്ടെത്തിയാൽ ന നിവർത്തന്തേ പിന്നീട് അത് നഷ്ടപ്പെടുകയേയില്ല ഇവിടെ നിവർത്തന്തെന്നുള്ളതിന് ആ പൊരുളതാണ് നഷ്ടപ്പെടില്ല ബാക്കി യോഗമണ്ഡലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വരാം യോഗവാസിത്തിൽ വസിഷ്ഠം പറയുന്നു സർവാപ്യേവ കലാ ജോ അനഭ്യസേന നശ്യത്തി എല്ലാ കലകളും അഭ്യസിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകും പക്ഷെ ഈ ജ്ഞാനമാവുന്ന കല ഒരിക്കൽ പ്രകാശിച്ചാൽ ഇയം ജ്ഞാനകലത്യന്ത സകൃത് ജാത അഭിവർദ്ധത ഒരിക്കൽ അത് പ്രകാശിച്ചാലോ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ പോലും ഉള്ളിലങ്ങനെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കും എന്താ അഹങ്കാര വസ്തുജ്ഞാനമാണ് അത് കണ്ടെത്തിയതോടുകൂടെ അഭിവൃദ്ധിപ്പെട്ടു തുടങ്ങി അപ്പോ തദ്ധാമ പരമമ്മമ അതാണ് ഭഗവാന്റെ പരമമായ ധാമം ഈശ്വരന്റെ പരമമായ ധാമം നമ്മളുടെ അന്തർഹൃദയത്തിൽ അതിനെ കണ്ടെത്തി നമ്മളുടെ സ്വരൂപമായി ശ്രീകൃഷ്ണനെ നമ്മൾ കണ്ടെത്തി ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിൽ ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചു എപ്പോ ഭഗവാനെ ആത്മാവായി കണ്ടെത്തിയപ്പോ നമ്മളുടെ തന്നെ സ്വസ്വരൂപമായി കണ്ടെത്തിയപ്പോ അങ്ങനെ കണ്ടെത്തിയാൽ ഇനി നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യമല്ല നഷ്ടപ്പെടാൻ ഇനി ഒരിക്കലും സാധ്യമല്ല അത്തരത്തിലുള്ള ഒരു സ്ഥിതിയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് എന്നിട്ട് പതുക്കെ ചുവട്ടിലിറങ്ങി വരികയാണ് ഭഗവാൻ അപ്പൊ ഭഗവാനെ പരമപ്രകാശമൊക്കെ പറഞ്ഞുവല്ലോ അർജുനന്റെ സംശയം ഉം ശരി പരമപ്രകാശം എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ ഇപ്പൊ എന്റെ ഉള്ളില് മനസ്സുണ്ട് ഞാനൊരു ജീവനാണെന്നൊരു തോന്നലുണ്ട് ഇന്ദ്രിയങ്ങളോടുള്ള രാഗമുണ്ട് ഈ ശരീരമുണ്ട് ഇങ്ങനെയുള്ള ഞാൻ പരമ ദുഷ്ടനല്ലേ പാപിയല്ലേ കള്ളനല്ലേ കുറ്റം ചെയ്തവനല്ലേ ഞാൻ കുറെ ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും പാപം ഒരുപാടുണ്ടല്ലോ അതിനുള്ള ഉത്തരം ഭഗവാൻ അർജുനനോട് പറയാണ് അർജുന ഒരിക്കലും ഇവിടെ ഒരു ജീവനും പാപിയല്ല നീ ജീവനായിട്ട് കണക്കാക്കുകയാണെങ്കിൽ പോലും ഒരു ജീവനും ഇവിടെ പാപിയല്ല എല്ലാ ജീവനും ഇവിടെ വാസ്തവത്തിൽ ഞാനല്ലാതെ ഒരു വസ്തു ഇല്ല അങ്ങനെ ഇരിക്കുമ്പോ ആരെങ്കിലും ഒക്കെ നീ കുറ്റം പറയുകയാണെങ്കിൽ ഗുണദോഷ നിരൂപണം ചെയ്യുകയാണെങ്കിൽ എന്നെ തന്നെയാണ് ഗുണദോഷ നിരൂപണം ചെയ്യണത് കുറ്റം പറയണത് ഈ ജീവൻ എന്നുള്ളത് എന്താണ് അതിനുള്ള ഉത്തരമാണ് അടുത്ത ശ്ലോകം ഓക്കെ जीवभूत सनातन मन षस्ताने प्रवृतिस्थिकर्षति ममसो जीव लोगे जीवभूत सनातन मन शानेणी प्रवृतिस्थिक മമൈവലോകെ ജീവഭൂതൃതിർതിട്ടുള്ളത് ജീവഭൂതം ജീവഭൂതമായിട്ടുള്ള വസ്തുക്കൾവ അംശ ഭഗവാൻ പറയണത് എന്റെ തന്നെ അംശമാണ് ഈ ലോകത്തിലുള്ള സർവ ജീവൻ എല്ലാ ജീവനും മമൈവ അംശ അംശ എന്ന് വെച്ചാൽ എന്താണ് ഭഗവാന്റെ ഒരംശം മുറിഞ്ഞുപോയി എന്നാണോ ഒരംശം മുറിഞ്ഞു മാറി എന്നാണോ എന്റെ അംശം തന്നെയാണ് ഓരോ ജീവനും എന്ന് ഭഗവാൻ പറഞ്ഞു ഈ ചെറിയ ജീവിയുണ്ട് ഏക കോശ ജീവി മണ്ണര മണ്ണട്ട പോലും ചിലത് അങ്ങനെയാണ് അതിനെ മുറിച്ചു കളഞ്ഞാൽ രണ്ട് ജീവിയായിട്ട് മാറും വീണ്ടും മുറിച്ചാൽ പിന്നെയും രണ്ട് ജീവിയായിട്ട് മാറും അപ്പൊ ഇതിലൊരു ജീവി പകുതി ഞാനും മറ്റേതിലുള്ള ജീവി മറ്റൊരു പകുതി ഞാനുമായിട്ട് മാറുമോ അമ്പലത്തില് വിളക്ക് വെച്ചിട്ടുണ്ടാവും വിളക്ക് കൊളുത്തിയിട്ട് ചുറ്റും കണ്ണാടി പീസ് പീസ് പീസ് പീസ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും അതിലൊരു നാളം ആ നാളം എല്ലാവശത്തും ദീപങ്ങളായിട്ട് തെളിയും നൂറ്റിക്കണക്കിന് നൂറ്റിക്കണക്കിന് ദീപമില്ല ഒന്നേ ഉള്ളൂ പക്ഷെ ഇതൊക്കെ അനേകമായി പ്രതിബിപ്പിച്ചിരിക്കുന്നു ഒരു കൊച്ചുകുട്ടി കണ്ണാടിയിൽ പോയി നോക്കി അമ്മാതാ കണ്ണാടിയിലൊരു കുട്ടി അമ്മയുടെ അടുത്ത് പറഞ്ഞു അത് കണ്ണാടിയിൽ എന്നെ ഒരു കുട്ടി എന്നിട്ട് തന്റെ കൈ കൊണ്ട് ആ കുട്ടി ഇങ്ങനെ തൊട്ടു അപ്പൊ കണ്ണാടി ചോട്ടൽ വേണു പൊട്ടി അമ്മാതാ രണ്ടു കുട്ടി കണ്ണാടി രണ്ടെണ്ണം ആയപ്പോ രണ്ടു കുട്ടി എത്ര എളുപ്പം സൃഷ്ടി അല്ലെ അപ്പോ ഭഗവാൻ അംശഭൂത എന്ന് പറയുമ്പോ ആ അഖണ്ഡ ചൈതന്യം പലതായിട്ട് പിരിഞ്ഞ് അംശം അംശം ഭാഗം ഭാഗമായിട്ട് മാറി എന്നല്ല അർത്ഥം ഒരു ചെറിയ മൺതരിക്കകത്ത് ്രഹ്മാണ്ടം മുഴുവനും അടങ്ങിയിരിക്കും ഒരാട്ടത്തിന്റെ ഉള്ളിൽ വിശ്വം മുഴുവൻ അടങ്ങിയിരിക്കും ഓരോന്നും പൂർണ്ണമാണ് ഓരോന്നും പൂർണ്ണമാണ് ഒരാളിലും അംശം എന്ന് പറഞ്ഞാൽ ഭാഗം എന്നുള്ള അർത്ഥത്തിലല്ല ഓരോന്നും പൂർണ്ണമാണ് പക്ഷെ എന്തിനിപ്പൊ അംശം എന്ന് പറഞ്ഞു അപ്പോ അംശം എന്ന് പറയാൻ കാരണം എന്താ മനസ്രഷ്ടാനി ഇന്ദ്രിയ പ്രകൃതിസ്ഥാനി കർഷത്തി ആ അഖണ്ഡ ചൈതന്യം ശരീരത്തിന്റെ ഉള്ളിൽ അകപ്പെട്ട പോലെ ഒരു തോന്നൽ ജീവഭൂതനായിട്ട് തീർന്നിരിക്കണു ഇപ്പൊ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ ആർക്കും ബ്രഹ്മമാണെന്ന് തോന്നണില്ല എല്ലാവർക്കും അവരൊരു കൊച്ചു ജീവനാണ് വിവേകാനന്ദ അമേരിക്കയിൽ ഒരു സ്ഥലത്ത് പ്രഭാഷണം ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ ജ്ഞാനയോഗ പ്രഭാഷണം ദ്ദേഹം ആ പ്രഭാഷണം ആരംഭിക്കുമ്പോ തന്നെ പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് രാജയോഗത്തിനെ പറഞ്ഞു മറ്റു പല യോഗങ്ങളും നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസംഗം ചെയ്തു ഇപ്പൊ ഈ ഒരു പ്രസംഗം ഞാൻ എന്റെ ഉള്ളിൽ അടക്കി അടക്കി വെച്ചിരിക്കുന്നു ഈ പരമ്പര ഇപ്പൊ ഞാൻ പുറത്തു പറയാൻ പോവുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഇതിൽ നിങ്ങളിൽ പലർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം നിങ്ങളുടെ പലരുടെയും ഹൃദയം പൊട്ടിപ്പോയിന്ന് വരാം എന്നാലും എനിക്ക് പ്രശ്നമല്ല സത്യം കുറച്ച് ആളുകളുടെ ഹൃദയത്തിനേക്കാളും വിലപ്പെട്ടതാണോ അതുകൊണ്ട് ഞാനിത് ആ സത്യം വിളിച്ചു പറയുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പല സ്ഥലങ്ങളിലുമായിട്ട് ആ അഖണ്ഡ വസ്തു തന്നെയാണ് നിങ്ങളിൽ ഓരോരുത്തരിലും ഓരോരുത്തരും പൂർണ്ണ വസ്തുവാണ് ആ പൂർണത്വത്തിനെ കണ്ടെത്തൂ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് തൽക്കാലത്തേക്ക് എലിവേഷൻ നമ്മൾ ബ്രഹ്മമാണ് തത്വമസി ഇതൊക്കെ കേൾക്കുമ്പോ എന്തോ ഉള്ളിൽ ചലിക്കണോ ഈ ചലിക്കല എന്തുകൊണ്ട് വന്നു നിങ്ങളോടൊക്കെ ഞാൻ ഇന്ന് പറയാം നിങ്ങളൊക്കെ ആനയാണ് എന്ന് പറയും ആർക്കെങ്കിലും ചലിക്കോ കൊമ്പുള്ളതായിട്ട് തോന്നു തുമ്പിക്കയുള്ളതായിട്ട് തോന്നു നിങ്ങൾ ഓരോരുത്തർ ഓരോ പുലിയാണ് നിങ്ങൾ വെറുതെ മനുഷ്യനാണെന്ന് ധരിച്ചിരിക്കാണ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആരെയും വിശ്വസിക്കൂ പിന്നെ എന്തുകൊണ്ടാ നിങ്ങളൊക്കെ അഖണ്ഡ ചൈതന്യമാണ് ബ്രഹ്മമാണ് അനന്തമാണെന്ന് പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ബുദ്ധിക്ക് യോജിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഉള്ളിലെ എവിടെ എന്തോ ഒന്ന് ചലിക്കണം ഇതുപോലെ അവിടെയും കേട്ടിരുന്നവർക്കൊക്കെ ചലിച്ചു കേട്ടിരുന്നവർക്കൊക്കെ എന്തോ തോന്നി ഒരു ആനന്ദം പക്ഷെ അത് കഴിഞ്ഞ് ചിന്തിച്ചു നോക്കുമ്പോ അയ്യേ ഇദ്ദേഹം പറയണത് എങ്ങനെ യോജിക്കാൻ പറ്റുമോ ഇത് നമുക്ക് യോജിക്കാൻ പറ്റില്ല ചെറുപ്പക്കാരാണ് കുറെ അവര് ചർച്ച ചെയ്യും എന്നിട്ട് അടുത്ത ദിവസം അവര് തീരുമാനിച്ചു ഇയാള് നമ്മളെ ഇന്ദ്രജാലം കാണിച്ച് മയക്കുകയാണ് മാസ്മരിസമാണ് മാസ്മര വിദ്യയിൽ പെടുത്തുകയാണ് ഹിപ്പനോട്ടിസം അപ്പോ അടുത്ത ദിവസത്തെ പ്രഭാഷണത്തിൽ ഒരു കുട്ടി എഴുന്നേറ്റം ഒന്ന് പറഞ്ഞു സർ യു ആർ ഹിപ്പനോട്ടൈസിങ് അസ് അങ്ങ് ഞങ്ങളെ ഹിപ്പനോട്ടൈസ് ചെയ്യാണോന്നു അപ്പൊ സ്വാമി പറഞ്ഞു നോ മൈ ഡിയർ ചൈൽഡ് ദർ ഇസ് നോ നീഡ് ഫോർ മീ ടു ഹിപ്പനോട്ടൈസ് നിങ്ങളെ ഹിപ്പനോട്ടൈസ് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഹിപ്പനോട്ടൈസ്ഡ് ആണ് മായ ഹാസ് ഓൾറെഡി ഡൺ ദാറ്റ് യു ആർ ഓൾറെഡി ഇൻ ഹിപ്പനോസിസ് ഐ ആം ഓൺലി വേക്കിംഗ് യു അപ്പ് ഐ ആം ഓൺലി ഡീ ഹിപ്പനോട്ടൈസിംഗ് യു എന്നാണ് നിങ്ങൾ ഇപ്പൊ തന്നെ ആ മായയുടെ ആസ്മര വിദ്യയിൽ പെട്ടിരിക്കുകയാണെന്ന് നിങ്ങളെ പിടിച്ചു വളർത്തുന്ന വിലയാണ് നിങ്ങൾ എന്തൊക്കെ അല്ലയോ അതൊക്കെ താനായിട്ട് കരുതിയിരിക്കുന്നു ശരീരം താനായിട്ട് മനസ്സ് താനായിട്ട് സ്ത്രീയായിട്ട് പുരുഷനായിട്ട് രാഗദ്വേഷങ്ങളുള്ള ആളായിട്ട് നിർബന്ധ ബുദ്ധികളുള്ള ആളായി അനേക അനേക അനേക അധ്യാരോപങ്ങൾ ഈ അധ്യാരോപങ്ങളുടെ ഉള്ളിൽ പെട്ടുകിടക്കുമ്പോ അഖണ്ഡ ചൈതന്യം അനന്തമായ ആകാശം കൊടത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങി എന്ന് പറയണ പോലെ ഘടാകാശം പോലെ മഹാകാശം ഘടാകാശമായതുപോലെ ഇവിടെ ബ്രഹ്മം കൊച്ചു ജീവനായിട്ട് തോന്നുന്നു അപ്പൊ ഇവിടെ ഇപ്പോ ഈ കൊച്ചു ജീവനാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആളോട് പോയിട്ട് അനന്തതയെ കുറിച്ച് ബോധിപ്പിച്ചാൽ പിടികിട്ടില്ല ഇപ്പൊ അനന്തമായ ആകാശമാണ് കുടത്തിന്റെ ഉള്ളിലും ഉള്ളത് കൊടത്തിന്റെ ഉള്ളിലുള്ള ആകാശം ഒരിക്കലും മുറിഞ്ഞിട്ടേ ഇല്ല ആകാശം എന്ന് വെച്ച സ്പേസ് സ്പേസ് ഒരിക്കലും മുറിഞ്ഞിട്ടേ ഇല്ല അത് കുടത്തിന്റെ ഉള്ളിലും ഉണ്ട് കുടത്തിന് പുറത്തു കൊണ്ട് കുടം പൊട്ടിയാൽ അത് അങ്ങനെ തന്നെ നിക്കുന്നു വ്യവഹാരത്തിന് പറയാം കുടത്തിലുള്ള ആകാശം വെളിയിലുള്ള ആകാശത്തിനോട് ചേർന്നു എന്ന് പറയാം പക്ഷെ വാസ്തവത്തിൽ കേരലും അവിടെ അപ്പോ ഈ ജീവഭൂത ഈ ജീവനായിട്ട് നമ്മളുടെ ഉള്ളിൽ തോന്നുന്നു എന്ത് നമുക്കിപ്പോ എന്തൊക്കെ തോന്നുന്നുണ്ട് മനഃഷഷ്ടാനി ഇന്ദ്രിയാണ് മനസ്സിനെയും ചേർത്തിയ ഒരു ഇന്ദ്രിയമായിട്ട് ഭഗവാൻ അഞ്ച് ഇന്ദ്രിയങ്ങള് കണ്ണ് ജ്ഞാനേന്ദ്രിയ ചു സ്പർശ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെ ഗ്രഹിക്കുന്ന ചെവി ത്വക്ക് കണ്ണ് നാക്ക് പൂക്ക് ഈ അഞ്ച് ഇന്ദ്രിയങ്ങള് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും കൂടി ചേർത്തിട്ട് മനഃഷഷ്ടാനിന്ദ്രിയാണി ഇതിനെയൊക്കെ ശാസ്ത്രങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യും എന്തുകൊണ്ട് മനഷഷഷ്ടാണിന്ദ്രിയാണി എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അതൊന്നും നമുക്കിപ്പോ വേണ്ട ഏതായാലും മനസ്സാണ് ഒരേ ഒരു ഇന്ദ്രിയം സാങ്ക്യന്മാരങ്ങനെയാണ് പറയുന്നത് മനസ്സെന്ന് പറഞ്ഞ ഒരു ഇന്ദ്രിയമേ ഉള്ളൂ അത് ബാക്കി അഞ്ച് ഇന്ദ്രിയങ്ങളും ദ്വാരങ്ങളാണ് ഓട്ടകളാണോ എന്നാണ് ആ ദ്വാരങ്ങളിലൂടെ മനസ്സാണോ പുറത്തേക്ക് വരുന്നത് മനസ്സ് ദ്വാര ഇന്ദ്രിയങ്ങൾ ദ്വാരങ്ങൾ അപ്പൊ മനസ്സും കൂടി ചേരുമ്പോ അഞ്ചേന്ദ്രിയങ്ങളും കൂടെ ചേരുമ്പോ മനഷഷ്ടാനിന്ദ്രിയാണ് ആറാ ആറ് ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞു ഭഗവാൻ എന്തു പറഞ്ഞു ഈ ആറ് ഇന്ദ്രിയങ്ങളോടുകൂടിയ ജീവൻ അഖണ്ഡ ചൈതന്യം ആറ് ഇന്ദ്രിയങ്ങളും മനസ്സും അതിനെ നിയന്ത്രിക്കുന്ന മനസ്സും കൂടി ആയപ്പോ ജീവനായിട്ട് തീർന്നു അതിനകത്ത് പെട്ടതുപോലെ ഒരു തോന്നൽ നമുക്കിപ്പോ ഞാൻ എന്ന് പറഞ്ഞാൽ എന്തറിയാം ശരീരം അല്ലെ ശരീരത്തിൽ എന്തറിയാം കാണുന്നു കേൾക്കുന്നു മണക്കുന്നു രുചിക്കുന്നു സ്പർശിക്കുന്നു ഈ അഞ്ചെണ്ണമാണ് നമ്മളുടെ പ്രപഞ്ചം നമ്മൾ പറയും ഈ ലോകം ഉണ്മയാണ് സത്യം എന്താ ഞാൻ കാണുന്നുവല്ലോ ഞാൻ കേൾക്കുന്നു ഞാൻ മണക്കുന്നു ചെടികൾക്കും ജീവനുണ്ട് സസ്യങ്ങൾക്കൊക്കെ ജീവനുണ്ട് അവരോട് പോയി ചോദിച്ചാൽ അവര് നമ്മളെ പോലെയല്ല ഈ ലോകത്തിനെ അനുഭവിക്കുന്നത് അവർക്ക് നമ്മളുടെ പോലെ കണ്ണു ചെവി ഒന്നുമല്ല അവരുടെ ടച്ച് സെൻസ് ആണ് മുഖ്യമായിട്ട് വേറെ പല തരത്തിലാണ് അവരുടെ അനുഭവം അവരോട് ചോദിച്ചാൽ പറയും ഏ ഞങ്ങള് കാണുന്ന ലോകമാണ് സത്യം എന്ന് പറയും വേറെ ചില ജീവികളുണ്ട് ഒരു ഇന്ദ്രിയം രണ്ട് ഇന്ദ്രിയം മൂന്ന് ഇന്ദ്രിയം പോലെയൊക്കെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു നമുക്ക് ഈ അഞ്ചെണ്ണത്തിന് പകരം ഇന്ദ്രിയം കിട്ടിയിരുന്നുവെങ്കിൽ നമ്മൾ വേറെ വലതുമൊക്കെ അനുഭവിക്കുവായിരുന്നു പക്ഷേ ഇതിൽ അനുഭവം എന്നുള്ളത് സത്യം അനുഭവം എന്ന എലമെന്റ് സത്യം എല്ലാവർക്കും തുല്യം ചെടികളാവട്ടെ പുഴു ആവട്ടെ ഏകകോശ ജീവിയാവട്ടെ അഞ്ച് ഇന്ദ്രിയങ്ങളുള്ള ജീവിയാവട്ടെ എല്ലാവർക്കും തുല്യമായിട്ടുള്ളത് എന്താ അനുഭവിക്കണു എന്നുള്ളത് ആ അനുഭവം അഞ്ചായിട്ടോ മൂന്നായിട്ടോ നാലായിട്ടോ ഇനിയിപ്പോ ആറായിട്ടോ ഒക്കെ പിരിയട്ടെ എത്ര വേണമെങ്കിൽ പിരിയട്ടെ പക്ഷെ അനുഭവിക്കുന്നു അസ്ഥി ഭാതി പ്രിയം എന്നുള്ളത് സത്യം നാമരൂപത്തിലെ വ്യത്യാസമുണ്ട് സച്ചിദാനന്ദം അതാണ് നമോ സച്ചിദാനന്ദരൂപായ സച്ചിദാനന്ദരൂപനായ ഭഗവാന് നമസ്കാരം അപ്പൊ സച്ചിദാനന്ദമായി നമ്മളുടെ ഉള്ളിൽ നിൽക്കുന്ന വസ്തു ഈ മനസ്സിന്റെ മൂടുപടം അണിഞ്ഞു മനസ്സിന്റെ മൂടുപടം അണിഞ്ഞപ്പോ ചെറിയൊരു കുമളയില് ആകാശം പ്രതിബിംബിക്കുന്ന പോലെ മനസ്സാകുന്ന ആ കുമളയുടെ അനന്തമായ വസ്തു പ്രതിബിംബിച്ച് കാണുമ്പോ ജീവഭൂത സനാതന ജീവഭൂത പിന്നെ എന്തിനു സനാതനഹ എന്ന് പറഞ്ഞു ദ്വൈതികൾക്ക് ഇതൊക്കെ വാക്കായി അവർ ഈ ഒരു ശ്ലോകം എടുത്തിട്ട് പറയാം അംശമാണ് ജീവഭൂതനാണ് സനാതനനുമാണ് വാ നോക്കണം അതാണ് ഈ ഭാഷ മാത്രം പഠിച്ചാൽ കൊഴപ്പമാണ് ഭാഷ മാത്രമാണെങ്കിൽ അധ്യാത്മശാസ്ത്രത്തിൽ ഒന്നും പിടികിട്ടില്ല കുറുക്കൻറെ കയ്യിൽ കിട്ടിയ ആമയെ പോലെ ആയിത്തീരുന്നു അത് എന്ത് ചെയ്യണമെന്നറിയാതെങ്ങനെ വെച്ചുകൊണ്ടിരുന്നു വാക്കുകളുടെ അർത്ഥം പിടിച്ചിട്ട് നമുക്ക് എന്ത് അർത്ഥം വേണമെങ്കിൽ പറയാം എങ്ങനെ വേണമെങ്കിലും അർത്ഥം മാറ്റിക്കളയാം ശ്രീകൃഷ്ണനെ അത്ഭുതപ്പെട്ട് കളയും ഞാൻ ഇങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ലല്ലോ പറഞ്ഞു ഒരാൾ ഗീത പറഞ്ഞു എന്താ ഗീതയുടെ അർത്ഥം ചോദിച്ചാൽ എല്ലാ ധർമ്മവും ഉപേക്ഷിച്ചിട്ട് തോന്നിയ പോലെ നടക്കാം എവിടെയാ പറഞ്ഞു ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എവിടെ സർവധർമാൻ പരിത്യജ് യഥേച്ഛസി തഥാകുരു രണ്ട് സ്ഥലത്തുനിന്ന് ചേർത്തു സർവധർമാൻ പരിത്യജി ഒരു സ്ഥലത്തുണ്ട് ശ്ലോകം യഥേച്ച സി ദുരു ഭഗവാൻ വേറെ ഒരു സ്ഥലത്ത് പറഞ്ഞു രണ്ടും കൂടെ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ എളുപ്പം എന്തു ചെയ്യാൻ പറ്റില്ല അപ്പോ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഏഹ് സനാതനഹാ ജീവഭൂത സനാതനഹ ഈ ജീവനായിട്ട് തന്നെ എന്നും ഇരിക്കും എന്ന് പറയുകയാണെങ്കിൽ മറ്റു പല ശ്ലോകങ്ങളും അർത്ഥം പറയാനേ സാധ്യമല്ല ശ്രുതിക്ക് വിരോധം പോകും അപ്പൊ സനാതനഹ എന്നുള്ളതിന് അർത്ഥം എന്താ ആകാശത്തിൽ സൂര്യൻ ഒരു കുടത്തില് വെള്ളം വെച്ചു ആ വെള്ളത്തിലും സൂര്യൻ പ്രതിബിംബിച്ച് കാണുന്നു ഈ പ്രതിബിംബിച്ച് കാണുന്ന സൂര്യൻ നിത്യമാണോ എന്ന് ചോദിച്ചാൽ നിത്യമാണെന്ന് പറയും എന്താണെന്ന് വെച്ചാൽ സൂര്യൻ നിത്യമാണോ അതുകൊണ്ട് അല്ലാതെ ഈ പ്രതിബിംബം നിത്യമായത് കൊണ്ടല്ല പ്രതിബിംബം നിത്യമായത് കൊണ്ടല്ല പ്രതിബിംബത്തിൽ പ്രതിബിംബിച്ച് കാണുന്ന ആള് വാസ്തവമാണ് അദ്ദേഹം സത്യവസ്തുവാണ് പൂർണ്ണ വസ്തുവാണ് പക്ഷെ ഈ പ്രതിബിംബത്തെ ഈ വെള്ളം വറ്റിപ്പോള് നാളെ വെള്ളം വറ്റിപ്പോയാ എന്ത് ചെയ്യും ഈ വെള്ളം വറ്റിപ്പോയ സൂര്യന്റെ പ്രതിബിംബിക്കില്ല അതേപോലെ ഈ ചിത്തഗത ചിത് പ്രതിബിംബലക്ഷണോ ജീവ എന്നാണ് ഈ ജീവൻ ചിത്തത്തില് ഉള്ള ചിത്തിന്റെ പ്രതിബിംബമാണ് അപ്പൊ ജീവൻ സത്യമാണ് ജീവൻ എപ്പോഴും ഈ ബന്ധപ്പെട്ട് സത്യമായിട്ടിരിക്കും എന്നല്ല പിന്നെയോ അതിന്റെ ഉണ്മയായ സ്വരൂപത്തിൽ അത് സനാതനമായ സത്യവസ്തുവാണ് അതിന്റെ ഉണ്മയായ സ്വരൂപം അന്വേഷിച്ചു നോക്കിയാൽ അത് സനാതന വസ്തുവാണ് പക്ഷെ മനസ്സ് ഇന്ദ്രിയങ്ങളും ഒക്കെ മൂടുപടം ധരിച്ചിട്ടുണ്ടല്ലോ അത് അതിന്റെ ഉണ്മയായ സ്വരൂപമല്ല ഉപദേശസാരത്തിൽ നമ്മുടെ ഭഗവാൻ പറഞ്ഞു ഈശജീവയോഹോ വേഷധീപിത സത്സ്വഭാവത്തോ വസ്തു കേവലം വേഷഹാനത സ്വാത്മദർശനം ഈശദർശനം സ്വാത്മരൂപതാണ് ഈശ്വരനും ജീവനും എവിടെയാ ഭേദം എന്ന് വെച്ചാൽ വേഷത്തിൽ ഭേദം വേഷം എന്താ മനഷഷ്ടി ഇന്ദ്രിയാണ് ഇയാള് മനസ്സിനെയും ഒക്കെ ധരിച്ചു ഭഗവാനോ സ്വതന്ത്രനായിട്ട് നിൽക്കും മായയെ തന്റെ കൈവശപ്പെടുത്തിക്കൊണ്ട് നിൽക്കും പരബ്രഹ്മവസ്തുവോ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായി നിൽക്കും അപ്പൊ അതിരിക്കട്ടെ അപ്പൊ നമ്മളുടെ ഉള്ളിൽ ജീവനായിട്ട് കാണപ്പെടുന്നുണ്ടല്ലോ അതിൽ നമുക്ക് ചില അംശങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് ഈ യുക്തിചിന്തയോ അല്ലെങ്കിൽ തത്വത്തിലെ നിരൂപണം ചെയ്യാനല്ല നമ്മൾ ഇവിടെ ഇരിക്കണം നമുക്ക് അല്പമെങ്കിലും ഇത് അനുഭവിക്കണം അല്ലേ അദ്വൈതമോ ദ്വൈതമോ വിശിഷ്ടാദ്വൈതമോ എന്തോ ആയിക്കോട്ടെ നമ്മുടെ മഹർഷിയുടെ ആളുകൾ ഇത് ചോദിച്ചാൽ അദ്വൈതമാണോ വിശിഷ്ടാദ്വൈതമാണോ എന്നൊക്കെ ചോദിച്ചാൽ മഹർഷി പറയും മൂന്ന് സിദ്ധാന്തക്കാർ ഒരു സ്ഥലത്ത് യോജിക്കുന്നുണ്ട് അതിനു ശേഷമുള്ള കാര്യത്തിനെ കുറിച്ച് ചർച്ചയുള്ളൂ എന്താ മൂന്ന് പേര് യോജിക്കുന്ന സ്ഥലം എവിടെയാന്ന് വെച്ചാൽ ആത്മസാക്ഷാത്കാരം മൂന്ന് പേരും പറയണു ആത്മസാക്ഷാത്കാരം വേണമെന്ന് തന്നെ അറിയണം അത് ആദ്യം കഴിക്കൂ അതിന് ശേഷം നമുക്ക് ചിന്തിക്കാം അത് വിശിഷ്ടാദ്വൈതമാണോ അദ്വൈതമാണോ ദ്വൈതമാണോന്നൊക്കെ ഈ തന്നെ ഉണർന്ന ശേഷം അതിനുശേഷമുള്ള കാര്യമാണ് ചർച്ച ചെയ്ത് ഗംഗ എങ്ങോട്ടാ ഒഴുകണത് നല്ല നീളമുണ്ട് ഇവിടുന്ന് ഇരുന്ന് ചർച്ച ചെയ്തിട്ടെന്ത് കാര്യം കാശിക്ക് പോയിട്ട് നോക്കാം അവിടെ പോയിട്ട് ഗംഗ എങ്ങനെയുണ്ട് കാശി എങ്ങനെയുണ്ട് പിന്നെ നോക്കാം അതേപോലെ ആദ്യം അവർ പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് കഴിയട്ടെ കഴിഞ്ഞ ശേഷം അനുഭവ ചക്ഷുസ് കൊണ്ട് കാണണം അനുഭവ ചക്ഷുസ് കൊണ്ട് കാണേണ്ട കാര്യം വീട്ടിലിരുന്ന് തർക്കിച്ചിട്ട് എന്ത് കാര്യം അപ്പൊ അതുകൊണ്ട് നമുക്കത് വേണ്ട നമുക്ക് വേണ്ടത് എന്താ മനസ്സ് മനസ്സിന് മനസ്സേ എന്ന് പറഞ്ഞപ്പോ നമുക്കൊക്കെ അറിയാം അല്ലെ ഇപ്പൊ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി കാണാം അനേക വിചാരങ്ങൾ ഓരോരുത്തർക്കും ഓരോ വിചാരം എന്തോ വീട്ടില് ഇറങ്ങി വന്നു ഭർത്താവ് വരാനുള്ള സമയായി എത്ര മണിക്ക് നിർത്തും അനേക വിചാരങ്ങൾ രാത്രി വീട്ടിൽ പോയാൽ ആഹാരം പാചകം ചെയ്തിട്ടുണ്ടാവോ ഇല്ലയോ എന്തൊക്കെയോ വിചാരങ്ങൾ പക്ഷെ ഈ വിചാരങ്ങളിലൊക്കെ എല്ലാ വിചാരങ്ങളിലും ഒരു എലമെന്റ് മാറാതെ നിൽക്കണു എന്താണ് ഞാൻ എന്റെ എന്റെ പ്രശ്നം എന്റെ കുഴപ്പങ്ങൾ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ പോയാലും എന്റെ ഗുരുവായൂരപ്പ ഒക്കെ എന്റെയാണ് എല്ലാത്തിലും നമ്മളുടെ ജീവിത പ്രശ്നം തന്നെ നോക്കുക ഈ ഞാൻ എന്നതിന് ചുറ്റും നിന്ന് കളിക്കുകയാണ് ഈ ഞാനിന്റെ സ്വഭാവ പല ചിലപ്പോ ഞാൻ കുറച്ച് പോളിഷ് ചെയ്ത ഞാനായിരിക്കും വളരെ വികൃതമായ ഞാനായിരിക്കും പക്ഷെ ഈ ഞാനാണ് ഇതിനെയാണ് ജീവഭൂത എന്ന് ഭഗവാൻ പറഞ്ഞത് ഈ ഞാനിന് ഇപ്പൊ എന്ത് പരിവേഷം ഞാൻ ശരീരത്തിന്റെ പല ഗുണങ്ങളും ഈ ഞാനിൽ ഉണ്ട് ഇപ്പോ എന്താ ശരീരത്തിന്റെ സൗന്ദര്യം ശരീരത്തിന്റെ ലക്ഷണങ്ങള് ദേഹസംബന്ധമായ പല കാര്യങ്ങളും അതിന്റെ മേലെ യോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ മനസിന്റെ പല ഗുണങ്ങളും എനിക്ക് ദേഷ്യം വരുന്നു എനിക്ക് അസൂയ വരുന്നു എനിക്ക് ഉറക്കം വരുന്നു ഇതൊക്കെ ഇതാണ് ജഡഭരതൻ ഭാഗവതത്തിൽ പറയണതേ ശരീരത്തിനാണ് വിശപ്പ് ദാഹം ഇതായിട്ടുള്ളതൊക്കെ കോപം ക്രോധം ം ഇതൊക്കെ മനസ്സിന്റെയാണ് ഇതൊന്നും എനിക്കില്ല എന്നാണ് പക്ഷെ നമുക്കിപ്പോ ആ ഞാൻ അങ്ങനെ മാറി നിൽക്കണില്ല ഈ ഞാൻ മനസ്സുമായി കൂടി പെണഞ്ഞ് ശരീരവുമായി കൂടിപ്പണഞ്ഞ് ഇതൊക്കെ ആയി കൂടിക്കഴഞ്ഞു നിൽക്കുമ്പോ ജീവഭൂത അത് ജീവഭൂതനായിട്ടിരിക്കുന്നു നമ്മള് ശ്രദ്ധിച്ചു തുടങ്ങുമ്പോ ഈ ഞാൻ എന്താണ് ഈ ഞാനിന്റെ സ്വഭാവം എന്താണ് ആലോചിച്ചു നോക്കിയാൽ വാസ്തവത്തിൽ അതിലൊന്നും പടിയുന്നില്ല നമ്മൾ പടിയുന്നു പോലെ ഒരു ധാരണയാണേ ജീവിതത്തിൽ തന്നെ അനുഭവങ്ങൾ നമ്മൾക്ക് വളരെ ചീത്ത ചില വികാരങ്ങളും മറ്റുമൊക്കെ വന്നു എന്ന് വെച്ചോളാം ദുഃഖമോ അല്ലെങ്കിൽ വെറുപ്പമോ ദ്വേഷമോ എന്തെങ്കിലുമൊക്കെ വന്നാൽ ആ സമയത്ത് നമ്മൾ ഒരു സാധകന്മാരാണെങ്കിൽ വിചാരിക്കും ഭഗവാനെ ഇങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ വരണമല്ലോ ഇത്തരം വിചാരങ്ങളൊക്കെ വരുന്നുവല്ലോ ഇതൊക്കെ പോകുവോ എന്നൊക്കെ തോന്നുന്നു കുറച്ച് കഴിഞ്ഞാൽ അത് പോകും അതേപോലെ നല്ല വിചാരം ആഹാ ഞാൻ യോഗിയായി എന്ന് വിചാരിക്കും ആളുകൾ ചിലതൊക്കെ വരുമ്പോ കുറച്ച് യോഗ സാധനം ഒരാഴ്ചത്തെ ചില കോഴ്സുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോ ആളുകൾ ഉടനെ ശുഖബ്രഹ്മ മഹർഷിയായി എന്ന് വിചാരിക്കും അതും ഈ മെന്റൽ പ്ലെയിനിലാണെ ശരിയായ തലത്തിലല്ല മാനസിക തലത്തിലായതുകൊണ്ട് എന്താവുന്നു അതും കുറച്ച് കഴിയുമ്പോ ഒക്കെ പോയി ഈ വരുന്നു പോകുന്നു ഈ ഞാൻ എന്തു ചെയ്യുന്നു സാക്ഷിയായിട്ടിരിക്കുന്നു ഒന്നുകൊണ്ടും പറ്റി പിടിക്കാതെ ഒന്നും തന്നിലും പറ്റി പിടിക്കാതെ പൂന്താനം പറയുന്ന പോലെ ഒന്നിലും പോയി താനും പറ്റാതെ ഒന്നും തന്നിലും പറ്റാതെ നിൽക്കുന്നു പക്ഷെ തൽക്കാലത്തേക്ക് ഈ ഞാൻ മനസ്സിലും ഇന്ദ്രിയങ്ങളിലും ഒക്കെ കൂടെ കൂടി കഴിഞ്ഞ് കാണുന്നു അതിൽ നിന്നു പിരിക്കുക അതാണ് മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ കൂടെ കൂടി കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇതിന് ജീവൻ എന്നു പേര് ഇത് വേറെ ഒരു ശരീരത്തിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ കൂടെ പോകും പുനർജന്മം എന്ന് പറയണം ഒരു കുടത്തില് വെള്ളം ചളി പിടിച്ച വെള്ളം ചളി പിടിച്ച വെള്ളം അതിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നു വേറെ ഒരു കൊണ്ടുവന്ന് അടുത്ത് വെച്ചു എന്നിട്ട് ഈ കുടത്തിലെ ചളി പിടിച്ച വെള്ളത്തിനെ അടുത്ത കുടത്തിൽ ഒഴിച്ചാൽ ആ കുടത്തിൽ പ്രതിബിംബിക്കും എന്നിട്ട് ഈ കുടം തല്ലി പൊട്ടിച്ചാൽ എന്താവും ശരീരം ദഹിപ്പിച്ചു ഇനിയൊരു ശരീരം മറ്റൊരു ശരീരം ആ ശരീരത്തിനെ വെള്ളം മറ്റൊരു ശരീരത്തിൽ ഒഴിക്കൂ ഇങ്ങനെ മാറി മാറി മാറി പോകാം ഓരോന്ന് മാറി മാറിപ്പോകാം ഇതാണ് ഭീഷ്മർ പറയണത് ഞാൻ ആ ഒരേ വസ്തു തമിമം അഹം അജം ശരീരഭാജാം ഹൃദി ഹൃദിഷ്ഠിതം ആത്മകൽപിതാനാം പ്രതിദൃശം ഏകം സമധിഗതോസ്മി വിധൂത ഭേദമോഹ ഒരേ ഒരു സൂര്യനേ ഉള്ളൂ അനേകം കുടങ്ങളിൽ പ്രതിബിംബിച്ച് കാണും എത്ര കുടമുണ്ടോ കുടവൊക്കെ തല്ലിപ്പൊട്ടിക്കൂ ആകാശത്തിൽ ഒരു സൂര്യനേ ഉള്ളൂ വിവേക ചൂടാമണി ആചാര്യസ്വാമികളുടെ അത്ഭുതമായ കൃതി വേദാന്തം നമുക്ക് തെളിയണമെങ്കിൽ അതൊന്നും മതി അതിൽ മുഖ്യമായ ഒരു ചില ഭാഗങ്ങളിൽ ഈ കാര്യം തെളിവാക്കുന്നു ഘടം ജലം തദ്ധം അർക്കബിംബം ആലോക്യമൂഢോ രവിമേവ മന്യതേ ഒരു കുടവും അതിൽ വെള്ളവും അതിൽ പ്രതിബിംബിച്ചിരിക്കുന്ന സൂര്യനെയും കണ്ടിട്ട് മൂഢൻ സൂര്യൻ കുളത്തിൽ വീണു എന്നു കുട്ടികളുടെ ഒരു കഥയുണ്ടെ കുളത്തിൽ ഒരു ദിവസം രാത്രി കെനറ്റിൽ പോയി നോക്കിത്രേ പൂർണ്ണ ചന്ദ്രൻ കെനറ്റ് പാവം അയാൾക്ക് ദുഃഖം വന്നു ബക്കറ്റ് എടുത്തോണ്ട് വന്നു ബക്കറ്റ് എടുത്ത് ഈ ബക്കറ്റല്ല എന്താ പറയാ പാതാളാക്കാറുണ്ട് അതുകൊണ്ട് കയറ്റലിൽ കെട്ടിയിട്ട് ചോട്ടിലേക്ക് ഇറക്കിയിട്ട് ചന്ദ്രനെ വലിക്കുകയാണ് ഉള്ളു അവസാനം വലിച്ചു വലിച്ചു കഴിഞ്ഞ് ഇയാള് അലക്കം മറിഞ്ഞ് ചുവട്ടില് വീണു അപ്പൊ ആകാശത്തില് ചന്ദ്രൻ അപ്പൊ ചന്ദ്രനോട് പറഞ്ഞു കണ്ടില്ലേ ഞാനിപ്പോ തന്നെ കരയ്ക്ക് കയറ്റി കയറി മൂഢന്റെ ലക്ഷണം എന്താ സൂര്യൻ കെനത്തിൽ വീണു കൊടത്തിൽ വീണു ധരിക്കും പക്ഷെ അറിവുള്ളവൻ എന്ത് ചെയ്യുന്നു ഘടം ജലം തദ്ഗതം അർക്കബിംബം വിഹായ സർവം വിനിരീക്ഷദേഹി അർക്ക ഘടത്തിനെയും അതിലുള്ള വെള്ളത്തിനെയും അതിലുള്ള പ്രതിബിംബത്തിനെയും വിട്ടിട്ട് ഒറിജിനൽ സൂര്യനെ കാണുന്നു ഈ നല്ലവണ്ണം മനനം ചെയ്ത നമുക്ക് സത്യം തെളിഞ്ഞു കിട്ടും ഈവരേ കാര്യം ഈ ശരീരമാവുന്ന കൊടം ഇതിലെ ജലം എന്താണ് അനേക വികാര വിചാര വിവേക വൃത്തികളോടുകൂടി ചിത്തം ആ ചിത്രത്തിൽ ഞാൻ എന്നുള്ള അഹങ്കാര പ്രതിബിംബം ഇതിനെ ഒക്കെ തന്നെ തള്ളിമാറ്റുന്നു തള്ളിമാറ്റുന്നു വച്ചാൽ എല്ലാത്തിനും സാക്ഷിയായി വിട്ടുപോയിട്ട് വിനിരീക്ഷദേഹി അർക്കഹ ഇതിനൊക്കെ തന്നെ സാക്ഷിയായിട്ട് നിൽക്കുന്ന സൂര്യ തുല്യം മാറി നിന്നു പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന സത്യത്തിനെ കാണുന്നു അത് തെളിഞ്ഞാൽ വേദാന്തം തെളിഞ്ഞു ഏറോ പാമ്പ് പോരാ ഇത് തെളിഞ്ഞാൽ വേദാന്തം തെളിഞ്ഞു ശരീരം അതിനകത്തുള്ള ചിത്തം ചിത്തത്തിൽ പ്രതിബിംബിക്കുന്ന ജീവഭൂത ജീവന്റെ യഥാർത്ഥ ബിംബഭൂതമായ ചൈതന്യം അതിന് പുറകിൽ നിൽക്കണം അത് ചെയ്യാനുള്ള മാർഗമാണ് ആത്മവിചാരം അതാണ് നമ്മൾ പറഞ്ഞത് അഹമഹമെന്ന് അരുളും അരുളുവിതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും പലതില്ല ഇവിടെ അകലുമഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു ാരം നീങ്ങിയിട്ട് അനേക വൃത്തികളോട് പെണഞ്ഞു നിൽക്കുന്നതാണ് അഹങ്കാരം വൃത്തികളിൽ നിന്ന് പിരിഞ്ഞു പ്രകാശിക്കുന്നതാണ് അഹംപൊരു ആ അഹംപൊരു പ്രകാശിക്കുന്നു ആ അഹംപൊരു സനാതന വസ്തുവാണ് വിജീവഭൂതനെ നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ സനാതന വസ്തു ഉള്ളില് പ്രകാശിക്കും പക്ഷേ ഇത് വിജീവഭൂതമായിട്ട് നിൽക്കുമ്പോ അത് ശരീരത്തിനെ വഹിക്കുന്നു ശരീരത്തിനെ ഉപേക്ഷിക്കുന്നു മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു ഈ കുടത്തിലെ വെള്ളം അടുത്ത കുടത്തിലേക്ക് പോകുന്ന പോലെ ഈ ജീവൻ എത്ര കാലം നമ്മൾ അഹങ്കാരികളായിട്ട് ഇരിക്കുന്നു അഹങ്കാരി എന്ന് വെച്ചാൽ അഭിമാനീന്നുള്ള അർത്ഥത്തിലല്ല പറയണത് ദമ്പ് ഉള്ള ആൾ എന്നുള്ള അർത്ഥത്തിലല്ല സാക്ഷാത്കാരം ഉണ്ടാകുന്നവരെ എല്ലാവരും അഹങ്കാരികളാണ് എല്ലാവർക്കും വ്യക്തിബോധമുണ്ട് ഞാൻ ഈ ശരീരമാണെന്നും ഇതിനകത്ത് കൊച്ചു ജീവനാണെന്നും അത് ഉള്ളത്തോളം കാലം പുനർജന്മവും ഒഴിവാക്കാൻ സാധ്യമല്ല അപ്പൊ ഒരു ശരീരത്തുനിന്ന് മറ്റൊരു ശരീരത്ത് പോകുമ്പോ എങ്ങനെ പോകുന്നു ഇത് വലിയ ചർച്ചയാണ് വ്യാസഭഗവാനും ആദിശങ്കർ ഭഗവത്പാദരും കൂടെ ഉത്തരകാശിയിൽ വെച്ച് കണ്ടു അത്രേ കണ്ടപ്പോ ഇതായിരുന്നു ചർച്ച എന്നാണ് ബ്രഹ്മസൂത്രത്തിൽ സമ്പരിഷക്തോ ഗച്ഛതി അസംപരിഷ്വക്തോ ഗച്ഛതി എന്ന ഈ ജീവൻ ഒരു ശരീരത്തുനിന്ന് ഇനി ഒരു ശരീരത്തേക്ക് പോകുമ്പോ എങ്ങനെ പോകുന്നു എന്ന് ചർച്ചയാണ് ഉം ഒരു ശരീരം വിട്ടു പോകുമ്പോ അ്രതിരംഹത്തിനൂപണ ബ്രഹ്മസൂത്രത്തിലെ വലിയ വിഷയമാണ് ഒരു ശരീരം വിട്ടു പോകുമ്പോ ഇതിലുള്ള സൂക്ഷ്മകള് മനസ് ഇതിനെയും ഒക്കെ കൊണ്ടുപോകുന്നുവോ അല്ല അവിടെ തന്നെ വിട്ടിട്ടു പോകുന്നു കൊണ്ടുപോകുന്നു എന്ന് നിരൂപണം അതിന്റെ ചോദ്യവും ഉത്തരവും ഒക്കെയാണ് അതിനാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് നമുക്ക് വേറെ ഒരു ലാഭം എന്താകത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ അല്പം ഗീത കെട്ടു സത്സംഗത്തിൽ പ്രവേശിച്ചു നാമം ജപിച്ചു സത്കാര്യങ്ങളിൽ പ്രവർത്തിച്ചു അത് അല്പമെങ്കിൽ ആ അല്പം നഷ്ടപ്പെടാതെ അവിടെ കിടക്കും ഇതും കൊണ്ടേ പോകുള്ളൂ പേടിക്കണ്ട അതേപോലെ തന്നെ അബദ്ധം കാണിച്ചാലും ഇത് ശാസ്ത്രമാണ് മാറ്റിക്കളയാനൊന്നും പറ്റില്ല ആരും കണ്ടില്ലായെന്ന് നമ്മൾ ചിലതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇവിടെ വിട്ടിട്ട് പോകാനൊന്നും പറ്റില്ല ഒക്കെ എടുത്തു കൊണ്ടുപോകും എല്ലാം കൊണ്ടുപോകും പെറുക്കി കൊണ്ടുപോകും ഒന്നും ബാക്കി വെക്കാതെ പെറുക്കിക്കൊണ്ടുപോകും ഇതൊക്കെ കാരണ ശരീരത്തിൽ കിടക്കും കാരണ ശരീരമാണ് ബാഗ് നമ്മൾക്ക് ചിലതൊക്കെ അലമാറയിൽ പൂട്ടി വയ്ക്കും ചിലതൊക്കെ എടുക്കാവുന്ന തലത്തിൽ കാണുന്ന സ്ഥലത്തൊക്കെ ചില തുണിയൊക്കെ അലമാറയിൽ വെക്കും ചില തുണിയൊക്കെ കയറ് കെട്ടിയിട്ട് ഇട്ടിട്ടുണ്ടാവും എപ്പോൾ വേണമെങ്കിൽ എടുക്കാനായിട്ട് ചിലത് ഉടുത്തു നടക്കും അല്ലേ മൂന്ന് തരത്തിലാണ് തുണി ഉടുത്തു നടക്കുന്ന തുണിയാണ് പ്രാരബം ആവശ്യത്തിന് എടുക്കാനുള്ള തുണിയാണിത് അവിടെ ആഗാമി പെട്ടിയിലിട്ട് വെച്ചിരിക്കുക സഞ്ജീവം കാരണ ശരീരം മൂന്ന് ശരീരം ഹ്രാസം ഉണ്ട് നമുക്ക് സ്ഥൂല ശരീരം മാത്രമല്ല കാരണ ശരീരമാണ് സുഷുപ്തി അവസ്ഥയിൽ സൂക്ഷ്മ ശരീരമാണ് സ്വപ്നാവസ്ഥയിൽ ജനിക്കുന്ന കുട്ടികൾ നോക്ക ഏകദേശം ഒരു പത്ത് വയസ്സ് ഏഴ് എട്ട് വയസ്സ് പേര് ധാരാളം ഉറങ്ങും ധാരാളം ഉറങ്ങും പത്ത് മണിക്കൂർ ഇരുപത് മണിക്കൂറൊക്കെ ഉറങ്ങും ചെറിയ കുട്ടിയാണ് എന്താന്ന് വെച്ചാൽ ബാഗ് ഫുള്ളാണ് കാരണശ പൂർവജന്മത്തിലേ കൊണ്ടുവന്നതാണ് അപ്പൊ അതൊക്കെ ആ കാരണ ശരീരത്തിലുള്ള ഒന്നൊന്നൊന്നൊന്നായിട്ട് സൂക്ഷ്മ ശരീരത്തിലും സ്ഥൂല ശരീരത്തിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും പ്രത്യക്ഷപ്പെട്ട് തുടക്കംതോറും ഉറക്കം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരും ഉറക്കം കുറയുമോറും എന്താവും മനസ്സ് പെരുത്തു പെരുത്തു വരും മനസ്സെന്ന് നമ്മൾ വിളിക്കുന്നത് സൂക്ഷ്മ അതായത് വിചാരവും പല ഒക്കെ ആയിട്ട് ഇങ്ങനെ ആവിർഭവിച്ചു തുടങ്ങും എല്ലാ കുട്ടികളും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് അല്ലെ കുരങ്ങാണെങ്കിലും കുട്ടിയിൽ നല്ല ഭംഗിയാണ് എന്താ ഈ സൂക്ഷ്മ ശരീരം പെരുത്തിട്ടില്ല കാരണ ശരീരം ഉണ്ടെങ്കിലും സൂക്ഷ്മ ശരീരം പെരുത്തിട്ടില്ല സൂക്ഷ്മ ശരീരം പെരുത്തു തുടങ്ങും പതുക്കെ പെരുത്തു തുടങ്ങുമ്പോഴും കാരണ ശരീര ഹ്രാസമാണ് അതിന്റെ ഉറക്കം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് വരും ഒരു ആറ് ഏഴ് വയസ്സാവും ഒരു കുറച്ച് മിഡിൽ ഏജ് ആകുമ്പോൾ അഞ്ചാറ് വർഷം മണിക്കൂറൊക്കെ ഉറങ്ങും ഇതിന് സയൻസിന് വരെ വ്യാഖ്യാനം ഉണ്ടാകും പക്ഷെ സയൻസിന്റെ വ്യാഖ്യാനം ഒന്നും ഇതിന് സയൻസ് മാറ്ററായിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്താലും മാറ്ററും ഇതുമൊക്കെ ഒന്ന് തന്നെ സൂക്ഷ്മതലം ഒന്ന് സ്ഥൂലതലം അത്രേ വ്യത്യാസമുള്ളൂ വയസ്സാവുമ്പോ പലർക്കും ഉറക്കം കിട്ടണില്ല ഉറക്കം കിട്ടണില്ലാന്ന് കംപ്ലൈൻറ് ആവും മനസ്സിൽ ഒരുപാട് വിചാരങ്ങൾ വരുമേ സൂക്ഷ്മ നല്ല ബലം കാരണം വളരെ ക്ഷീണിച്ചിരിക്കും വളരെ തിന്നാണ് ഉറക്കം കിട്ടണില്ലെങ്കിൽ വിഷമിക്കേ വേണ്ട നമ്മൾക്ക് ഏത് ശക്തി നമ്മളെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ധാരാളം ഉറക്കിയോ ആ ശക്തി തന്നെയാണ് നമ്മളെ വയസ്സാവുമ്പോ ഉറക്കാതെ വെച്ചിരിക്കുന്നത് അപ്പോ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ക്ഷീണിക്കൊന്നുമില്ല ഉറങ്ങിയില്ലല്ലോന്ന് വിചാരപ്പെട്ടാ ക്ഷീണിക്കും അതുകൊണ്ട് ഉറക്കം വന്നിട്ടില്ലെങ്കിലും എഴുന്നേറ്റ് എഴുന്നേ ജപിച്ചോളാ ധ്യാനിച്ചോളൂ പുസ്തകം വായിച്ചോളാം ഏ ശാന്തമായിട്ട് രാത്രിയിലുള്ള ആ നിശ്ചലതെ മറ്റൊരു സമയത്തും കിട്ടില്ല നമുക്ക് രാത്രിയിലുള്ള നിശ്ചലതയെ അനുഭവിച്ചോളാം രോഗികളും ഉറങ്ങില്ല ഭോഗികളും ഉറങ്ങില്ല ദ്രോഹികളും ഉറങ്ങില്ല യോഗികളും ഉറങ്ങില്ല എന്നാണ് അപ്പോ അപ്പോ രാത്രി ഉറക്കം വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണശരീര ഹ്രാസം അപ്പോ ശാന്തമായിട്ടിരിക്കാം ആട്ടെ അപ്പോ ഈ കാരണശരീരം ബാഗാണ് അതിൽ നിറച്ച് നിറച്ച് നിറച്ച് വെക്കും നമ്മൾ ഇപ്പൊ ചെയ്യുന്ന പല കർമ്മങ്ങളുടെയും അംശം അതിനകത്ത് ചെന്ന് കിടക്കും ഒക്കെ എടുത്ത് ബാഗിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും നമ്മൾ സഞ്ചി എന്ന് പറയണല്ലേ സഞ്ചയം ചെയ്ത് വെക്കുന്നതാണ് സഞ്ചി അപ്പൊ ഈ സാധനങ്ങളൊക്കെ എടുത്ത് അതിലിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും അതും പൊക്കിക്കൊണ്ടാണ് നമ്മൾ പോണത് ജീവൻ അടുത്ത ജന്മത്തിൽ വരുമ്പോ ഈ ജന്മത്തില് പലതും ശേഖരിച്ചതൊക്കെ പുറത്തേക്ക് എടുക്കും ഓരോ കുട്ടികളെ കണ്ട് നമ്മൾ അത്ഭുതപ്പെടും എവിടുന്നപ്പാ ഇതൊക്കെ കൊണ്ടുവന്ന അച്ഛനും പാട്ട് എന്ന് വെച്ചാ അടുത്തുകൂടെ പോയിട്ടില്ലേ സംഗീതം എന്ന് വെച്ചാ ഏത് കടയില് വാങ്ങിക്കാന്ന് ചോദിക്കുന്ന ആൾക്ക് നല്ല സംഗീതത്തിൽ വിൽപ്പത്തിയുള്ള മകൻ എവിടുന്ന് വന്നു ഇയാള് സഞ്ചിന്ന് എടുത്തതാണേ അപ്പോ പല രീതിയിലും ഉണ്ടാവും ഏതായാലും ഈ കാരണശരീരം സൂക്ഷ്മ ശരീരം ഇതും ഒക്കെ പൊക്കിക്കൊണ്ടാണ് പോകുന്നതും ജീവൻ അതാണ് അടുത്ത ശ്ലോകം നോക്കാം ശരീരം ജഗവാ യുർഗന്ധാസാ ശരീരം യോതി യുത്ക്രാമതീശ്വര ഗൃഹീ ത്യാതി വായുഗന്ധാസാ ശരീരം യുനോതി ഉത്ക്രാമതി ഈശ്വര ഗ്രഹീത്വ ഏതാനി സംയാതി വായു ഗന്ധാന് ഇവാശയാത് വായു ഒരു പുഷ്പത്തിൽ നിന്നും അതിന്റെ ഗന്ധം എടുത്തുകൊണ്ടു പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഗന്ധം കൊണ്ടുപോകുന്ന പോലെ ഈശ്വര ഈ ജീവനെ തന്നെ ഇവിടെ ഈശ്വരൻ എന്ന് പറഞ്ഞു ഈശ്വരൻ എന്ന് വെച്ചാൽ ഈഷ്ടേ നിയന്ത്രണം ചെയ്യുന്നു കൺട്രോൾ ചെയ്യുന്നു ഭരിക്കുന്നു നമ്മളുടെ ഉള്ളിലിരുന്ന് ഈ ജീവഭൂതനായിട്ടാണല്ലോ ഭരിക്കണത് അല്ലേ ഉള്ളിലിരുന്ന് നമ്മളെ ശരീരത്തിനെ ശരീരമാവുന്ന യന്ത്രത്തിനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു ഉള്ളിലിരുന്ന് ഡ്രൈവർ അദ്ദേഹമാണ് ഡ്രൈവർ ഒരാൾ ഒരു സ്ഥലത്തിരുന്ന് ഡ്രൈവർ ആയിരിക്കുമ്പോ നമ്മൾ പറയുന്നത് ഇങ്ങനെ എങ്ങനെ കാണിച്ചാലോ കാണിച്ചാലും നമ്മളൊന്നുമല്ല പക്ഷെ നമ്മൾ വെറുതെ കാണിക്കുകയാണ് ഡ്രൈവർ ഒറിജിനൽ ഡ്രൈവർ അവിടെ ഉണ്ട് അപ്പൊ യഥാർത്ഥ ഡ്രൈവർ അദ്ദേഹമാണ് അദ്ദേഹം ഈശ്വരാഹ അതുകൊണ്ട് ജീവഭൂതനായിട്ടുള്ള ഈശ്വരൻ ജീവഭൂതനായി നമ്മളിൽ കാണുന്ന ഈശ്വരനെ നമ്മൾ ശ്രദ്ധിച്ചാൽ പരമാത്മഭൂതനായി ഈശ്വരൻ തെളിയും നമ്മൾ മനസാക്ഷിയും മനസാക്ഷിയും ഒക്കെ അതിന് പേരൊക്കെ ഇട്ടുകൊണ്ടിരിക്കും അപ്പൊ അതൊക്കെ അതിനെ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ മതി നമ്മളുടെ ഉള്ളിലുള്ള ആ വസ്തുവിനെ സൂക്ഷ്മ വസ്തുവിനെ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ മതി ആട്ടെ അത് വേറെ വിഷയം അപ്പോ ശരീരം കൊണ്ട് എന്തൊക്കെ നേടിയെടുക്കുന്നുവോ എന്തൊക്കെ ഉപേക്ഷിക്കപ്പെടുന്നുവോ അതൊക്കെ തന്നെ ഈ കാരണ ശരീരത്തിൽ ശേഖരിച്ചു വെക്കുന്നു ശരീരം എന്തൊക്കെ പുറത്തേക്ക് തള്ളി വിടുന്നുവോ ഇതൊക്കെ തന്നെ ഗ്രഹീത്വ ഇതിന്റെയൊക്കെ കർമ്മവാസനകൾ ഗ്രഹിച്ചുകൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് ഈ ജീവഭൂതനായിട്ടുള്ള ഈശ്വരൻ മനസിനെയും സ്വീകരിച്ചുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ഇതിന്റെയൊക്കെ സൂക്ഷ്മ അംശത്തിനെ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു ശരീരത്തിലേക്ക് മൈഗ്രേഷൻ നടത്തുക മറ്റൊരു ശരീരത്തിലേക്ക് പോവുക ഗ്രഹീത്വേതാനി സം എങ്ങനെ വായുപോലെ വായു പോണെന്ന് നമുക്ക് കാണാൻ വയ്യല്ലോ എന്നാൽ സൂക്ഷ്മമായി നോക്കിയാൽ വായു കൊണ്ടുപോകുന്ന വസ്തുക്കളെ ഒക്കെ കാണാം അല്ലെ ആ വസ്തുക്കളെ കണ്ടിട്ട് നമുക്ക് ഏകദേശമൊക്കെ ഊഹിക്കാം പക്ഷെ ഇപ്പൊ ഇതിൽ അതും വയ്യ സാധാരണ മനുഷ്യർക്ക് അത് കണ്ണുകൊണ്ട് കാണാൻ വയ്യ അപ്പോ ഈശ്വര നിയന്താവ് ഉള്ളിലിരിക്കുന്ന നിയന്താവ് ഉള്ളിലുള്ള ശരീരത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് എന്നുവച്ചാൽ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മവാസനകൾ പ്രാരബ്ദം ആഗാമി സഞ്ചിതം എന്നൊക്കെ നമ്മൾ പല പേര് പറയുന്നു ഇതുകൊണ്ടൊക്കെ ശേഖരിച്ചു വെച്ച വാസനകൾ ഒക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഉത്ക്രമണം ചെയ്യുന്നു ഉത് ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എങ്ങോട്ട് പോകുന്നു മറ്റൊരു ശരീരത്തേക്ക് സംയാവതി മറ്റൊരു ശരീരത്തിലേക്ക് കടന്ന് പ്രവേശിക്കുന്നു എന്തൊക്കെ പ്രാപിച്ചിട്ടുണ്ടോ എന്തൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ അതൊക്കെ ഗ്രഹീത്തുക സംശ്വര വായുർഗന്ധാനിവാശയാത്ത് എന്തൊക്കെയാ കൊണ്ടുപോണത് വാസ്തവത്തിൽ മനസ്സ് തന്നെയാണ് ജീവൻ അതായത് ജീവന്റെ മുഖ്യ അംശം മനസ്സാണ് ആ മനസ്സിൽ പരമാത്മ ചൈതന്യം പ്രതിബിംബിച്ചു കാണും അപ്പൊ മനസ്സ് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് ഇപ്പോ അവാപ്നോദി എന്ന് പറഞ്ഞുവല്ലോ പലതും സ്വീകരിക്കണോ എന്ന് പറഞ്ഞുവല്ലോ ലോകത്തിലെ എന്തുകൊണ്ട് എങ്ങനെ സ്വീകരിക്കുന്നു ലോകത്തിൽ ജീവിക്കുമ്പോ ഈ ജീവനായിട്ട് വന്ന പരമാത്മാ എങ്ങനെയാ മറ്റു വിഷയങ്ങളെയൊക്കെ സ്വീകരിക്കണത് ഏത് ഉപകരണവും കൊണ്ട് ലോകത്തിലെ അനേക വിഷയങ്ങളെ ഈ പരമാത്മാ സ്വീകരിക്കുന്നു മനസ്സാകുന്നതാണ് മുഖ്യ ഉപകരണം മനസ്സ് തനിയെ പ്രവർത്തിച്ച് സ്വീകരിക്കുമോ മനസ്സ് മാത്രമായിട്ട് എല്ലാത്തിനെയും സ്വീകരിക്കോ അതിനുള്ള ഉത്തരമാണ് അടുത്ത ശ്ലോകം നോക്കാം ശ്രോത്രം ചക്ഷുസ്പർശനം ചാണമേവ അധിഷ്ഠായ മനശാ വിഷയാ ശ്രോത്രം ചക്ഷുസ്പർശനം ച एवच മന മനസ് ശ്രോത്രം ചുർശനം ചനം एवच ശ്രോത്രം ചെവി ശബ്ദത്തിനേ ഗ്രഹിക്കാം ചക്ഷുഹു കണ്ണം രൂപത്തിനെ ഗ്രഹിക്കാൻ സ്പർശനം ത്വക്ക് ത്വലി തോല് തോലുകൊണ്ട് സ്പർശം രസനം നാവ് രസം അറിയുന്നത് ഘ്രാണം മൂക്ക് ഇതൊക്കെ ആശ്രയിച്ചുകൊണ്ട് ഇതിനെയൊക്കെ അധിഷ്ഠായ മനഃ വിഷയാന് ഉപസേവത്തെ വിഷയങ്ങളെ ഭജിക്കുന്നു ഉപസേവിക്കുന്നു വിഷയങ്ങളെ അതായത് മനസ് അപഞ്ചീകൃതം ആണ് അപഞ്ചീകൃത പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങളാണ് പ്രപഞ്ചം മുഴുവൻ അതിൽ മനസ്സ് പഞ്ചീകരിക്ക പഞ്ചീകരണം എന്നുള്ളത് ഒരു പ്രക്രിയ രമണ മഹർഷി പറയും ഇതൊന്നും പറയാൻ പാടില്ല എന്താ പ്രാണൻ മനസ്സ് ഒന്നും പിരിക്കാനേ പാടില്ല എല്ലാം ഒരേ മനസ്സിന്റെ പല രൂപങ്ങളാണ് ഇവിടെ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ ആ വസ്തുവിൽ ഈ മനസ്സ് പൊന്തി കഴിഞ്ഞിട്ട് അനേകമായിട്ട് പിരിയുന്നു ഇതൊന്നും കണക്കെടുത്ത് ഓർമ്മ വെക്കാനല്ല നമുക്ക് കണക്കെടുത്ത് ഓർമ്മ വെക്കാനല്ല ഈ കണക്കൊക്കെ വിട്ട് പുറത്ത് ചാടാനാവും ഏതായാലും മനസ്സ് പഞ്ചഭൂതങ്ങളുടെ ചേരാത്ത പഞ്ചഭൂതങ്ങളാണ് അത്ര അറിഞ്ഞാൽ മതി ഉം പഞ്ചഭൂതങ്ങൾ പല വിധത്തിൽ ചേർന്ന് നിൽക്കും അതിന് പഞ്ചീകരണം എന്ന് പറയും ചേർന്ന് കഴിഞ്ഞാൽ മാറ്ററായിട്ട് മാറി പ്രപഞ്ചത്തിൽ മാറ്റർ ആയിട്ട് മാറി ജഡപപദാർത്ഥങ്ങളായില്ല അപഞ്ചീകൃതമാണോ ഈ മാറ്റർ തന്നെ മനസ്സായിട്ട് മാറും പഞ്ചീകരിക്കപ്പെട്ടാലോ മനസ്സ് തന്നെ മാറ്ററായിട്ട് മാറും അതുകൊണ്ട് ഈ വിദ്യ നല്ല വെണ്ണം പിടികിട്ടിയാൽ ഇപ്പൊ ഒന്നും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്കൊരു ഗ്ലാസോ അല്ലതും ഒക്കെ വരുത്തണോ ഒക്കെ വരുത്താം എന്താ അപഞ്ചീകൃതമായ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തിയാൽ ദ്രവ്യങ്ങൾ സിദ്ധികളൊക്കെ അങ്ങനെയാണ് നമ്മളിപ്പൊ എന്തൊക്കെ ചെയ്യുന്നു ടൈമും സ്പേസും ഒക്കെ പച്ച കള്ളമാണെന്ന് അറിയാൻ ഒരു ബുദ്ധിമുട്ടില്ലാ നമ്മളിപ്പോ അമേരിക്ക എവിടെ അമേരിക്ക ഇവിടെ വന്ന് കീ കീന്ന് അടിച്ചാ എവിടെയാ അമേരിക്ക എന്ന് മകളാണ് എന്ന് പറയുമ്പോ നടുവിലിരിക്കേണ്ടാവും ആരെങ്കിലും അവിടുന്ന് വർത്തമാനം പറയുകയാണേ ഇവിടെ ഗീതാ പ്രഭാഷണത്തിന് നടുവിലത് ഇങ്ങനെ ചെവിയിലിങ്ങനെ എലീന കത്തുന്ന പോലെ ഇങ്ങനെ ശബ്ദം ഉണ്ടാകും വർത്തമാനം പറഞ്ഞു നോക്ക് എവിടെ സ്പേസ് പതുക്കെ നടന്നാണോ വന്നത് ശബ്ദം എത്ര ടൈം ഉണ്ടായി അതത്ര സ്പീഡ് സ്പീഡ് നോക്കി പറഞ്ഞ എന്താ എവിടെ ദേശകാലം അപ്പൊ ആട്ടെ അപ്പോ അതൊന്നുമല്ലപ്പോ നമ്മളെ വിഷയം ശ്രോത്രം ചക്ഷുഹു സ്പർശനം ഇതൊക്കെ പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങൾ തന്നെ ഇന്ദ്രിയങ്ങളും ആവുന്നു ആകാശഗുണകമായ ശബ്ദം ശ്രോത്രമായിട്ട് മാറുന്നു അഗ്നി കണ്ണ് ജലം നാവ് വായു സ്പർശമാണ് വായു വായു ത്വക്ക് പൃഥ്വിയുടെ ഗന്ധമാണ് മണം മണം മൂക്ക് ഇങ്ങനെ അഞ്ച് ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങൾ തന്നെ പഞ്ചഭൂതങ്ങളിൽ തന്നെ സ്വഭാവമാണ് പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങളായിട്ടും എന്നിൽ ഇന്ദ്രിയങ്ങളായിട്ടും നിക്കണു ഒരേ വസ്തു ഇന്ദ്രിയം തന്നെ കണ്ണ് തന്നെയാണ് രൂപം ചെവി തന്നെയാണ് ശബ്ദം മൂക്ക് തന്നെയാണ് മണം ചെവി തന്നെ നാക്ക് തന്നെയാണ് രസം ത്വക്ക് തന്നെയാണ് സ്പർശം അപ്പൊ എന്താ കാണുന്നത് തന്നെ ദൃശ്യം കേൾക്കുന്നത് തന്നെ ആകാശം മണക്കുന്നത് തന്നെ ഭൂമി സ്പർശിക്കുന്നത് തന്നെ വായു വാസ്തവത്തിൽ ഈ ജീവൻ പ്രപഞ്ചത്തിനെ മുഴുവൻ ധരിച്ചു നിൽക്കുന്നു ഇനി ഇത് ഭഗവാൻ മറ്റൊരു പറയുന്നുണ്ട് അഗ്നി ഭൂമിരാപോ അനതോ വായുഹു എല്ലാമായിട്ട് ധാരകത ജീവൻ ധരിച്ചു നിക്കണു എന്നാണ് ഈ പൃഥ്വിയെ മുഴുവൻ അപ്പൊ ഈ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെയും ഗ്രഹിക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തിനെ വഹിച്ചു കൊണ്ട് നിൽക്കണം ഇതിന് പുറകിലോ അതിനെ ഉപനിഷത്ത് പറഞ്ഞു യഥാ സുപ്ത നമ്മൾ ഉറങ്ങുന്ന സമയത്ത് യസ്വപ്തേഷു ജാഗർ കാമം കാമം പുരുഷോ നിർമിമാണ തതേവ ശുക്രം തദ്ദേവ അമൃതം ഉച്ച അത്യേതികസിന് യമൻ പറഞ്ഞു കൊടുക്ക ഉറക്കത്തിൽ സ്വപ്നവേളയിൽ ഈ മനസ്സ് ചലിക്കുന്നു അനേക കാമനകളെ പൊന്തിക്കുന്നു ഈ മനസ്സ് തന്നെ വിജൃംഭണമായാൽ പ്രപഞ്ചത്തിനെയൊക്കെ ധരിച്ചുകൊണ്ട് നിൽക്കുന്നു ആളുകൾക്ക് സംശയം വരും എന്റെ മനസ്സാണോ സ്വാമി ലോകത്തിന് കാരണം ചോദിക്കും എന്റെ മനസ്സല്ല മനസ്സിന്റെ ഞാൻ മനസ്സാദ്യം കൽപ്പിക്കുന്ന കൽപ്പനയാണ് ഞാൻ എന്ന് പറയുന്ന ജീവൻ എന്നിട്ട് എന്റെ മനസ്സെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് നമുക്ക് ആദ്യം ജീവൻ കൽപ്പയത്തെ പൂർവം തഥോ ഭാവാൻ പൃഥക് വിധാന ആദ്യം ജീവനെ കൽപ്പിക്കും ഏതായാലും അതിരിക്കട്ടെ അപ്പോ ഇതിനെ ആശ്രയിച്ചുകൊണ്ട് ശബ്ദ സ്പർശ രൂപ രസഗന്ധം ബ്രഹ്മം തന്നെ മനസ്സ് ബ്രഹ്മത്തിനെ ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടെ പ്രപഞ്ചമാക്കി മാറ്റുന്നു മ്മടെ മഹർഷിയോട് ഒരു ഭക്തൻ ഇന്നലെ പറഞ്ഞുവല്ലോ സ്വാമി രാജേശ്വരാനന്ദ അദ്ദേഹം തന്നെ ചോദിച്ചു ഭഗവാനെ ഹരിദ്വാറിലേക്ക് അങ്ങ് ഒന്ന് വരണം ഹരിദ്വാർ എത്ര മനോഹര ഗംഗ എങ്ങനെ ഒഴുകുന്നു അതൊന്ന് കാണേണ്ടതല്ലേ മഹർഷി പറഞ്ഞു എന്നാ പോയി അങ്ങ് ഒരു പഞ്ചഭൂതം അല്ലാതെ ആറാമത് ഒരു ഭൂതം ഇരുക്കോ അവിടെ പഞ്ചഭൂതമല്ലാതെ ആറാമത് ഒരു ഭൂതം ഉണ്ടോ എന്നാണ് എവിടെ പോയാലും ഇത് തന്നെ അല്ലേ അപ്പോ ുള്ളില് തെളിഞ്ഞവർക്കെ കാണാൻ പറ്റുള്ളൂ എവിടെ അങ്ങനെ ഉള്ളില് തെളിഞ്ഞ ആൾക്ക് എവിടെയിരുന്നാലും കാണാം പരമാത്മാവിനെ എവിടെയിരുന്നാലും സർവേശ്വരനെ കാണാം അപ്പോ ഈ അഞ്ചിന്ദ്രിയങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് മനസ്സ് ലോകത്തിൽ വ്യവഹരിക്കുന്നത് ഈ അഞ്ചിന്ദ്രിയങ്ങളിലൂടെയും പുറത്തു വന്ന് ഓരോന്ന് ഗ്രഹിക്കും എന്നിട്ട് ഉള്ളിൽ കൊണ്ടുപോയി ശേഖരിച്ചു വെക്കും വിഷയാൻ ഉപസേവത അഞ്ച് കണ്ണിലൂടെ കാണുക ചെവിയിലൂടെ കേൾക്കുക ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ ചെയ്യും എന്നിട്ട് വിഷയങ്ങളെ ശേഖരിച്ചു വെക്കും അവസാനം ഈ ശേഖരിച്ചു വെച്ചതും ഒക്കെ കൊണ്ട് ഉത്ക്രമണം ചെയ്യും അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പക്ഷെ ഈ ജീവനെ നമുക്ക് കാണാൻ പയ്യാം നമ്മൾ കാണുന്നത് എന്താ ശരീരത്തിനെ കാണുന്നു മരിച്ചു പോകുമ്പോഴോ ആള് പോയി എന്ന് പറയും ഡോക്ടറെ വിളിച്ച് ഒക്കെ പിടിച്ചു നോക്കിയിട്ട് സർട്ടിഫിക്കറ്റ് തരും ആള് മരിച്ചു എന്ന് പറയും അപ്പോഴാണ് മരിച്ചു നീ അയാൾ എണീറ്റ് വന്നാലും ഏ പേടിക്കും നമ്മൾ എണീറ്റ് വന്ന അപ്പൊ പേടിക്കും എന്താ പിന്നെ അയാൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല ഇനിയിപ്പം ജീവിക്കണോന്നുള്ളതിനാ അപ്പൊ ജീവിച്ചു മരിച്ചു എന്നുള്ളതിനൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അപ്പോ ഇതിനകത്തി ഇരിക്കുന്ന ആൾ ആരാ ഇത്രയൊക്കെ ഇവിടെ ഇരുന്ന് ആരും പറയണു ഇയാളാരാ ഈ ശരീരമാണോ ഈ ശരീരമാണോ ഈ മരിച്ചു കഴിഞ്ഞാലും പിടിച്ചിരുത്തിയാ പറയേണ്ടതാണ് ചെട്ടിയാർമാരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ശവം കൊണ്ടുപോകുമ്പോ ലോറിയിൽ ഇങ്ങനെ ഇരുത്തിയിട്ടാ കൊണ്ടുപോവാ വാദ്യഘോഷം ഒക്കെ ആയിട്ട് എഴുതിയിട്ട് പോകുമ്പോ അതിനു മുമ്പ് വല്ല വാദ്യം വായിച്ചിട്ട് വല്ലതും പ്രയോജനം ഉണ്ടോ വല്ലതും അറിയോ അതിനോ ഒന്നും അറിയില്ല അത് ഉള്ളപ്പോ അതിനകത്തിരുന്ന് ഏതോ ഒരാള് ഏന രൂപം ശബ്ദാൻ സ്പർശാന് അത് പോയി കഴിഞ്ഞാലോ കിമത്ര പരിശിഷ്യത്തെ ഏതദ്വൈ തത് ഇതിനകത്ത് ഇരിക്കുന്നു രൂപം രസം ഗന്ധം ശബ്ദം സ്പർശം മൈഥുനസുഖം എല്ലാം അനുഭവിച്ചുകൊണ്ട് ഏതോ ഒന്നിരിക്കുന്നു അത് ഈ ശരീരത്തിന്റെ കാലം കഴിയുമ്പോ ഇറങ്ങി പോകുന്നു വീട് വിട്ട് ഇറങ്ങി പോകുന്ന പോലെ ഇറങ്ങി പോകുന്നു അന്തർദൃഷ്ടിയുള്ള യോഗികൾക്ക് അത് ശരീരത്തിൽ ഉള്ളപ്പോഴും കാണാൻ കഴിയും ശരീരം വിട്ട് ഇറങ്ങി പോകുമ്പോഴും കാണാൻ കഴിയും ഇതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം ഉക്രാമന്ദം സ്ഥിതം വാപി ഗുണാൻ ൂപശ പശ്യ ചുഷന്തം സ്ഥിതം വാഞ്ചാനം പശ്യ ചുഷാ ഉത്ക്രാവം നച്ചൽ ഉത്ക്രമിക്കുന്നു നമ്മളുടെ ഉള്ളിൽ ഉദാനൻ എന്നൊരു വായു ഉണ്ട് അല്ലെ അഞ്ചു വായുവാണ് ഒരു വായുവേ ഉള്ളൂ അതിന് അഞ്ചു പേര് അഞ്ചു ജോലി ചെയ്യുന്നതും ഉണ്ട് പ്രാണ അപാന വ്യാന ഉദാന സമാന അഞ്ചു വായു ഹൃദി പ്രാണഹ ഗുദേ അപാന സമാനോനാഭിമണ്ഡലേ ഉദാന കണ്ഠദേശസ്ഥ വ്യാന സർവശരീരക ഹൃദയത്തില് പ്രാണൻ നിന്ന് ഹൃദയം വെടിപ്പും ഒക്കെ ചെയ്യിപ്പിക്കുന്നു അപാന വായുവാണ് പുറമേക്ക് വിസർജനാദികളൊക്കെ നടത്തുന്നത് നാഭിദേശസ്ഥ ഉദാ സമാനൻ നാഭിദേശത്തിൽ നൈജക്ഷനും മറ്റും ഒക്കെ ചെയ്യുക സർവശരീരത്തിലും വ്യാപിച്ച് എല്ലായിടത്തും രക്തമൊക്കെ കൊണ്ടുപോകുന്നു വ്യാനൻ കണ്ഠത്തിലുള്ള വായു ഉദാനൻ മരിച്ചു കഴിയുമ്പോ അതാണ് ഇങ്ങനെ മേപ്പെട്ട് മേപ്പെട്ട് പൊന്ത ഈ ജീവനെയും കൊണ്ട് പോകുക അത്രയത് അത് ഉത്ക്രമിക്കുന്നത് കൊണ്ട് തന്നെയാണ് അതിന് ഉദാനൻ എന്ന് പേര് മോളിലോട്ടേക്ക് മോളിലോട്ട് പോകും അപ്പോ ഉത്മന്തം ഈ ജീവൻ പുറമേ ഈ ശരീരത്തിനെ വിട്ട് ഉത്ക്രമിക്കുന്നതും സ്ഥിതം ഈ ശരീരത്തിൽ ഇരിക്കുന്നതും ഭുജാനം വ ഗുണാൻവിതം ഈ ശരീരത്തിൽ ഇരുന്ന് സത്വം രജസ് തമസ്സോടു കൂടിയ അനേക വിഷയങ്ങളെ ഭുജിക്കുന്നതും വെറും പദാർത്ഥങ്ങളെ മാത്രം ജടവസ്തുക്കളെ മാത്രം കാണാൻ കണ്ണുള്ളവർക്ക് കാണാൻ വയ്യ നമ്മളുടെ കണ്ണ് തന്നെ റീഫൈൻഡ് ആയിക്കൊണ്ടേയിരിക്കും ഹൃദയം മനസ്സ് ശുദ്ധമാവുമോറും ദൃഷ്ടി ശുദ്ധമായി കൊണ്ടേയിരിക്കും വിമൂഢാഹ നുപശ്യന്തി വിമൂഢന്മാർക്ക് സ്ഥൂല വസ്തുക്കളെ മാത്രമേ കാണാൻ വയ്യൂ ശക്തിയുള്ളൂ എന്താ പദാർത്ഥവാസനാദാർഢ്യം അവർക്ക് പദാർത്ഥങ്ങൾ ഓരോന്നും പ്രത്യേകം പ്രത്യേകം സത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കാം പശ്യന്തി ഞാന ചക്ഷുഷ ജ്ഞാനചക്ഷുസ ഉള്ളവര് ജ്ഞാനക്കണ്ണുള്ളവര് എന്ന് വെച്ചാലോ ഉള്ളില് ഈ ജീവനെ അവരവരുടെ ഉള്ളിൽ ആര് കണ്ടിട്ടുണ്ടോ അവർക്ക് മറ്റുള്ള ജീവനെ കണ്ടെത്താൻ അറിയാം അല്ലേ ഇപ്പൊ ശരീരശാസ്ത്രം പഠിച്ചവർ ഡോക്ടർ എന്തോ ചെവിയിൽ വെക്കുന്നു ഓരോരുത്തരുടെയും നെഞ്ചിൽ വെച്ച് നോക്കുന്നു എന്തോ ഇങ്ങനെ അടിക്കുന്നു ആടിയും ഒക്കെ പിടിച്ചു നോക്കുന്നു വൈദ്യമാരിങ്ങനെ നമ്മളും പിടിച്ചു നോക്കാം ഒന്നും പിടിക്കട്ടില്ല അല്ലെ ശരീരത്തിന്റെ ഉള്ളിൽ ഓരോ അംഗം കറുപ്പായിട്ട് എന്തോ നെഗറ്റീവ് കൊണ്ടുപോയി കൊടുത്താൽ എക്സ്റേ എടുത്തിട്ട് അയാൾ ഇത് ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കുന്നു നമുക്കൊന്നും കണ്ടാ ഒന്നും മനസ്സിലാവണില്ല എന്താ ശരീരത്തിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ ഒരു ശരീരത്തിനെ വെച്ചുകൊണ്ട് പഠിച്ചു കഴിയുമ്പോ മറ്റ് ശരീരങ്ങളെയൊക്കെ അവര് മനസ്സിലാക്കുന്നു മനഃശാസ്ത്രജ്ഞൻ പറയുന്ന ആളും അദ്ദേഹം എന്താ മനസ്സിനെയൊക്കെ പഠിച്ചിട്ട് അതിന് കൂടുതൽ കുഴപ്പമാണ് ശരീരം കുറച്ച് ഫിക്സഡാണേ അതുകൊണ്ട് എളുപ്പത്തിൽ ഒരു ശരീരത്തിനെ മനസ്സിലാക്കിയ മനസ്സുണ്ടല്ലോ ഈ മനഃശാസ്ത്ര അജ്ഞനാക്കി കളയോ അദ്ദേഹത്തിന് മനഃശാസ്ത്രം പഠിക്കുന്ന ഒരു കുഴപ്പം എവിടെ പറ്റുന്ന വെച്ചാൽ അവര് ഫിക്സഡ് ആണെന്ന് വിചാരിക്കുകയാണെ ആൾ വട്ടത്തിരിച്ചു കളയും അതാണ് ഈ മനശാസ്ത്രം പഠിക്കുമ്പോ ഒരു കുഴപ്പം ഉണ്ടാവണത് മനസ്സിനെയേ നോക്കിക്കൊണ്ടിരുന്നിട്ട് മനസ്സ് മിഴുങ്ങിക്കളയോ അവര് ഇപ്പൊ മനഃശാസ്ത്രജ്ഞൻ പോയി മനഃശാസ്ത്ര അജ്ഞൻ ആയിട്ട് തീരും പക്ഷെ മനസ്സിനെ വിട്ടുനിന്ന് കണ്ടുപഠിക്കുന്ന യോഗികൾ മനസ്സിൽ നിന്നും അതാണ് ശരിയായ മനഃശാസ്ത്രജ്ഞൻ മനഃശാസ്ത്രം മനസ്സിന്റെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചു കഴിയുന്ന ആളുകൾക്ക് ഒരു കാര്യം തെളിഞ്ഞു കിട്ടും ഈ മനസ്സ് തന്നെയാണ് ജീവൻ ഇതിനകത്ത് അഹങ്കാരം ഇങ്ങനെ എടകലർന്ന് ഇങ്ങനെ നിൽക്കുന്നു അതിനെ നല്ലവണ്ണം കണ്ട ആളുകൾ അവർക്ക് യോഗശക്തി ഈ ദർശന ശക്തി വളരെ ആഴത്തിലായിത്തീരും അപ്പൊ എന്താവുന്നു മറ്റുള്ളവര് മുമ്പില് വരുമ്പോ തന്നെ അവർക്കൊക്കെ പിടികിട്ടും അവരുടെ ഉള്ളിൽ രാമകൃഷ്ണദേവൻ പറയും കണ്ണാടിയുടെ ഉള്ളിൽ പലഹാരങ്ങൾ വെച്ചിരിക്കണ പോലെ ആളുകൾ വരുമ്പോ അവരുടെ മനസ്സൊക്കെ പച്ചയ്ക്ക് ഇങ്ങനെ കാണാം ബേക്കറിയിലൊക്കെ സ്വീറ്റ്സൊക്കെ ഇങ്ങനെ വെച്ചിരിക്കണ പോലെ മുമ്പിൽ വരണ സമയത്ത് ഒന്ന് നോക്കിയാൽ മതി ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല യോഗികളുടെ മുമ്പിൽ നമ്മൾ എത്ര പക്ഷെ അവരൊന്നും നോക്കില്ല ഒരു മഹാത്മാ പറഞ്ഞു അദ്ദേഹത്തിനോട് ചോദിച്ചു സ്വാമി ഞങ്ങളുടെ മനസ്സൊക്കെ അങ്ങ് കാണുന്നുണ്ടോ ചോദിച്ചു എനിക്ക് ഈ കുപ്പ പറക്കണ സ്വഭാവം ഒന്നുമില്ല കുപ്പത്തെ പോയിട്ട് കുപ്പയൊക്കെ പറ കണ്ടാലും എന്താ ശ്രദ്ധിക്കാതെ വിട്ടുകളിയാം കാണും ആ അവർ അവരെ പോലെ കാരുണ്യമുള്ളവർ ആരും ഉണ്ടാവില്ല കാരണം നമുക്ക് എന്തൊക്കെ ദൗർബല്യം ഉണ്ടോ ഉണ്ടായിരുന്നുവോ ഇപ്പൊ ഉണ്ടോ ഇനി എന്തൊക്കെ ദൗർബല്യം വരാൻ പോകുന്നു ആ ദൗർബല്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളവരാണ് അവരെ എന്നിട്ട് അതിനെ തരണം ചെയ്തവരാണ് അപ്പൊ അവർക്ക് പാര കാരുണ്യം ഉണ്ടാവും അവർക്ക് ഒരാളോടും ഒരാൾക്ക് പനി പിടിച്ചാൽ നമ്മളെ അവര് ചീത്ത പറയോ ചീത്ത പറയണവരുണ്ട് ഇന്നലെയെ പറഞ്ഞില്ലേ മഴ കൊണ്ടു എന്ന് പറഞ്ഞിട്ട് അതിന് നാലടിയും കൊടുക്കണ അമ്മമാരൊക്കെ ഉണ്ട് പക്ഷെ നല്ല ഒരു അമ്മയാണ് ഈ ചീത്ത പറയോ പനി പിടിച്ചാൽ എന്തിയും വ്യാധിയാണെന്ന് മനസ്സിലാക്കി മരുന്ന് കൊടുക്കും അല്ലേ അതുപോലെ തന്നെയാണ് ആചാര്യന്മാരും അവർക്ക് ഈ മനസ്സിന്റെ ഒരു വ്യാധിയാണെന്ന് മനസ്സിലാവും അതുകൊണ്ട് അതൊന്നും അവർക്ക് കുറ്റമായിട്ടേ തോന്നില്ല അപ്പോ മനസ്സിനെ ഒരു മൂടുപടമായി അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവനെ അവർക്ക് നല്ലവണ്ണം കാണാൻ കഴിയും എക്സറേ ഉള്ളിലുള്ള എല്ലാം കാണിക്കുന്ന പോലെ ഈ യോഗികൾക്കും ഉള്ളിലുള്ള ഈ ജീവൻ ഇരിക്കണത് എന്താന്ന് അവർക്ക് അതുകൊണ്ട് പ്രാണികളിൽ പോലും കാണാൻ കഴിയും എന്നാണ് ചട്ടമ്പി സ്വാമികൾ ഒരിക്കൽ പറഞ്ഞു ഒരാള് ചോദിച്ചു ഈ സംശയം ചോദിച്ചുകൊണ്ടേയിരുന്നു സ്വാമിയോട് ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുവോ അപ്പൊ സ്വാമി നേരിട്ടൊന്നും ഉത്തരം പറഞ്ഞില്ല ഒരു ദിവസം ഒരു പാടത്ത് ഒരാള് കാളയെ നുഖത്തില് വെച്ച് പൂട്ടിക്കൊണ്ടിരിക്കുകയാണെ പാടം ഉഴുതുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കാളക്ക് ഇയാള് ചാട്ട കൊണ്ട് കാളയെ അടിച്ചു അപ്പൊ ചട്ടമ്പി സ്വാമി അടുത്ത് നിൽക്കുന്ന ആളോട് പറയാണ് അമ്മാവനെ ഇട്ട് പെടക്കണത് കണ്ടല്ലേ എന്നാണ് അമ്മാവനെ ഇട്ട് പെടക്കണത് കണ്ടില്ലേ അടിക്കണത് കണ്ടല്ലേ അപ്പൊ എന്താ ആ ജീവിയുടെ ഉള്ളിൽ അദ്ദേഹം അതുപോലെ വേറെ ഒരു കഥ അദ്ദേഹത്തിന്റെ തന്നെ കേട്ടു ഒരു വീട്ടില് എലി ശല്യം ഒരുപാട് അപ്പൊ സ്വാമി അഹിംസ ആര് ഹിംസിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ ആ വീട്ടിലെ യജമാനൻ അദ്ദേഹം ചോദിച്ചു സ്വാമി ആര് ഹിംസിക്കരുതെന്ന് പറയണുദാ എലി നമ്മളുടെ മുണ്ടൊക്കെ കടിച്ചു ഈ എലിക്ക് വിഷം വെച്ചിട്ടില്ലെങ്കിൽ നാളെ നമുക്ക് ഉടുക്കാനൊന്നും ഉണ്ടാവില്ല എന്തിയും അപ്പൊ സ്വാമി അദ്ദേഹത്തിനോട് പറഞ്ഞു അയ്യോ നമുക്ക് മാത്രം ജീവിക്കാനുള്ളതാണോ ഈ ലോകം സർവേശ്വരന്റെ സകല പ്രാണികളും വാഴേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് എന്തോ നെല്ലോ എന്തോ കൊണ്ടുവരാൻ പറഞ്ഞത്രേ എന്നിട്ട് അദ്ദേഹം ഏതോ ഒരു പ്രത്യേക ഒരു രാഗത്തിൽ ഇങ്ങനെ മൂളിയപ്പോ സകല എലികൾ മുമ്പിൽ വന്ന് ആ വീട്ടിലെ ആ നാട്ടിൽ ചുറ്റുംപറത്തുള്ള എലികളൊക്കെ എന്നിട്ട് ആ എലികളോട് ഇദ്ദേഹം പറഞ്ഞത്രേ ഈ ആളുടെ യജമാനന്റെ നേരിയത് കടിച്ച ആളൊന്നു മാറി നിൽക്കാൻ നോക്കട്ടെ ഒരാൾ നേറാനടിച്ചു മാറി നിന്നു അവസാനിച്ച് ഈ കൂട്ടത്തു ദൈലി അപ്പൊ എലിയോട് പറഞ്ഞു അത്രേ കടിക്കരുത് കേട്ടോ ഇവര് നമുക്ക് വിഷം വെക്കും എന്നുവച്ചാൽ നമ്മളൊക്കെ സർവഭൂത ഹൃദയം ഇവരൊക്കെ നമ്മളൊക്കെ ഒന്ന് അവര് വേറെ അവർക്ക് നമ്മളുടെ കാര്യമൊന്നും അവർക്ക് അറിയില്ല അവർക്ക് അവര് മാത്രമേ ഉള്ളൂ അവര് നമുക്ക് വിഷം വെക്കും അതുകൊണ്ട് അടുത്ത വീട്ടിൽ അടുത്ത ദിവസം ആ വീട്ടിൽ എലിയേലിയ അടുത്ത ദിവസം മുതൽ അവർക്ക് അറിയില്ലല്ലോ പാവം നമ്മൾ വിഷം വെക്കുന്നു അറിഞ്ഞാൽ അവരൊരു എലിക്കൂട് വെച്ചാൽ കയറുമോ അവർ വിചാരിക്കുന്നു ഓ പരമഭാഗവതം നമുക്ക് തേങ്ങാപ്പൂള് വെച്ചിരിക്കാണെന്നോ എന്താ കയറണോ അവർക്കറിയോ അപ്പോ സകല പ്രാണികളുടെ ഉള്ളിൽ ശരിക്കു നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന സകല പ്രാണികളും പൂർവ്വ ബന്ധുക്കൾ ആരോ ആണ് ഇതറിഞ്ഞാ തന്നെ നമ്മൾ ദ്രോഹിക്കില്ല ചിലപ്പോ ആളെ വിശേഷിച്ചറിഞ്ഞാ ദ്രോഹിച്ചൊന്നു വരും കുടുംബത്തിലെ ആരാണ് നോക്കി അറിഞ്ഞാലേ അന്ന് ചെയ്യാൻ പറ്റാത്തത് പലതും ഇപ്പൊ ചെയ്യും അപ്പോ നമുക്ക് ഓരോ ബന്ധപ്പെടുന്ന ഓരോ പ്രാണിയും ഏതോ പൂർവബന്ധവും കൊണ്ട് വരിക അതിനകത്ത് വസിക്കുന്നതിനെ യോഗികൾ കാണുന്നു അതിനകത്ത് വസിക്കുന്നതും കാണുന്നു അനുഭവിക്കുന്നതും ഒക്കെ കാണുന്നു അവര് അതുകൊണ്ട് എന്താ നാടി പിടിക്കാൻ ഒരു വൈദ്യന്റെ കൂടെ ഇരുന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ ഒരാചാര്യന്റെ അടുത്ത് നമ്മൾ നിന്നുകൊടുക്കണം അപ്പൊ നമുക്ക് എന്തൊക്കെ കുഴപ്പമുണ്ട് എവിടെയൊക്കെയാണ് നമ്മളുടെ തെറ്റുകള് നമുക്ക് സ്വയം നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ചൊക്കെ അവർക്കും പറയാൻ കഴിയും നമ്മള് വഴങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിലാണോ കുഴപ്പം പലപ്പോഴും ആളുകൾക്ക് അഹങ്കാരം ബലപ്പെട്ടുകഴിഞ്ഞാൽ അവർ വഴങ്ങി കൊടുക്കില്ല ഈ സൂക്ഷ്മ ശരീരത്തിനെ ശ്രദ്ധിക്കാൻ അവർക്ക് അറിയുന്നത് കൊണ്ട് സൂക്ഷ്മ ശരീരത്തോടുകൂടി ഉള്ള ഈ ജീവൻ ആ ശരീരത്തിൽ നിൽക്കുന്നതും ശരീരം വിട്ട് ഇറങ്ങി പോകുന്നതും ഉത്ക്രാമന്തം സ്ഥിതം വാ പി വാ ഗുണാൻവിതം വിമൂഢാന അണുപശ്യന്തി മൂഢന്മാർക്ക് കാണാൻ വയ്യ അതുകൊണ്ടാ പലേ രാമലിംഗസ്വാമികൾ കഥയിൽ ഒരു വരും ഒരു സിദ്ധൻ ഒരിടത്ത് ഇരുന്ന് അമ്പലത്തിന് മുമ്പിൽ ഇരുന്ന് ഓരോ ആളുകളെയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതാ നായ പോണം കഴുത പോകുന്നു ഇതാ രാക്ഷസം പോകുന്നു എലി പോകുന്നു പൂച്ച പോകുന്നു എന്നൊക്കെ പറയുവാത്ര എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇവരുടെ പൂർവ്വജന്മവും വാസനകളൊക്കെ എന്തിന്റെ ഒക്കെയാണ് അല്ലെങ്കിൽ ഈ വാസനകളൊന്നും കാണാൻ വയ്യ പല വാസനകളും പല ആളുകളുടെയും പലതിന്റെയും വാസനയാണ് ചില വീടുകളിലൊക്കെ നോക്കുക സ്വാമി നാലണ തരൂ എന്ന് പറഞ്ഞൊരു ഭിക്ഷക എവിടെ ഒന്നൂല്ല അതിനെക്കാളും ഒന്നിനെ കെട്ടിയിടുന്നതാ നല്ലത് ഇങ്ങനെ കുരയ്ക്കണതിനെ കാണും ഇങ്ങനത്തെ പല വാസനകളും ഉള്ളിൽ അടങ്ങി കിടക്കണു അല്ലേ പൂച്ചയെ പോലെ കൊരങ്ങനെ പോലെ പല വാസനകളും ഉള്ളിലുണ്ട് ഈ വാസനാരൂപത്തിൽ കിടക്കുന്നതിനൊക്കെ കണ്ടുകൊണ്ട് ഒരു സിദ്ധൻ നിക്കണു അപ്പോഴാണ് രാമലിംഗ സ്വാമികൾ അവിടെ വരുമ്പോ ഒരു മനുഷ്യൻ വരണൂന്ന് പറഞ്ഞു അത്ര മനുഷ്യൻ വരണോന്ന് അങ്ങനെ എന്താ ഉള്ളില് നിൽക്കുന്ന വസ്തുവിനെ മാത്രം അദ്ദേഹം കണ്ടു പുറമേക്കുള്ള വേഷം ഒന്നും ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് രാമകൃഷ്ണദേവന് ഇതൊരു കുഴപ്പമായിരുന്നു ശ്രീരാമകൃഷ്ണദേവനെ എല്ലാരും കൊണ്ടുവന്ന് ആഹാരം ഒന്നും കഴിക്കാൻ പറ്റില്ല ചിലര് മധുരപലഹാരങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും അത് തൊടാൻ പറ്റില്ല അദ്ദേഹത്തിന് ശിഷ്യന്മാർ ആദ്യമൊക്കെ വിചാരിച്ചു ഇതൊരു പ്രിജുഡീസ് ആണെന്ന് വിചാരിച്ചു കുറച്ചു കഴിഞ്ഞപ്പോ അവർക്ക് നല്ലവണ്ണം പിടികിട്ടി കൊണ്ടുവരുന്ന ആളുകളെയൊക്കെ വിവേകാനന്ദ സ്വാമികൾ പരീക്ഷിച്ചു നോക്കിയത്ര പുറകെ പോയിട്ടും അന്വേഷിച്ചും ഒക്കെ ഇദ്ദേഹത്തിന് ആര് കൊണ്ടുവന്നതാണോ സ്പർശിക്കാൻ പറ്റാത്തത് അവർക്ക് പല സ്വഭാവ ദൂഷ്യമൊക്കെ ഉള്ളതാണ് പല ഉദ്ദേശങ്ങളോടുകൂടിയും കൊണ്ടുവന്നതാണ് പക്ഷെ അത് ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ടു പേർക്കും കൊടുക്കും ഒന്ന് ഗോപാലയർമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു അഘോരമണി ദേവി അവര് വലിയ കൃഷ്ണഭക്തയായിരുന്നു മഹാതപസ്വിനിയായിരുന്നു അവർക്കും നരേന്ദ്രനാഥൻ ഒരാൾ ജ്ഞാനത്തിന്റെ അഗ്നി ഒരാൾ ഭക്തിയുടെ അഗ്നിയായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുക അത്ര ഈ കൊണ്ടുവരണതൊക്കെ എന്താണെന്ന് വെച്ചാൽ രണ്ടും എത്ര വേണമെങ്കിൽ ഡൈജസ്റ്റ് ആയിക്കോളും എന്തും പോയിക്കോളും ഉള്ളിലെന്നാണ് പക്ഷെ മറ്റു ശിഷ്യന്മാർക്കും ഒന്നും കൊടുക്കില്ല എന്നാണ് നിങ്ങൾ അല്പം കഴിച്ചാൽ ഇത് വിഷം പോലെയാണ് ഇവരൊക്കെ കാണുമ്പോ തന്നെ അദ്ദേഹത്തിന് അതുപോലെ സാമുദ്രിക ലക്ഷണമൊക്കെ ഇതിനനുസരിച്ചാണ് ഓരോ ജീവന്റെ വാസനക്കനുസരിച്ചാണ് ശരീരത്തിന്റെ അംഗങ്ങളുടെ ലക്ഷണങ്ങളും ദൃഷ്ടിയും ഒക്കെ അതുമൊക്കെ അദ്ദേഹം നോക്കും ഓരോ ചില ശിഷ്യന്മാരൊക്കെ പറയുന്നുണ്ട് അവർ ആദ്യം ചെന്നപ്പോ രാമകൃഷ്ണദേവൻ അവരെ ഒരു മുറിയിൽ കൊണ്ടുപോയി വാതിലടച്ച് കൈ ഒക്കെ ഇങ്ങനെ വെയ്റ്റ് ഒക്കെ നോക്കും ഓരോ കൈക്ക് എത്ര വെയിറ്റ് ഉണ്ട് എന്നിട്ട് ചിലരോടൊക്കെ പറയും ഇന്ന കണ്ണ് നിന്റെ കണ്ണ് കണ്ട യോഗിയുടെ കണ്ണ് പോലെ ഉണ്ട് ചിലരുടെ കണ്ണുകൾ കണ്ട കമലനയനവുമാണ് ഓരോരോ ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങളൊക്കെ ഈ സൂക്ഷ്മ ശരീരത്തിനെ ആശ്രയിച്ചാണ് ഇതിന്റെ വാസനക്ക് അനുസരിച്ച് ഇയാൾ അതുപോലെ ഇവര് ഏത് കാറ്റഗറിയിൽ പെടും നോക്കണം അതൊക്കെ ശ്രീരാമകൃഷ്ണദേവന്റെ ജീവിതം പഠിച്ചാൽ ഈ അധ്യാത്മ ശാസ്ത്രം എത്ര നിഗൂഢമാണെന്ന് പിടികിട്ടും എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയും ജ്ഞാനം ഭക്തി ഒക്കെ ഒന്നാണ് പക്ഷെ ചിലർക്ക് ഭക്തിയുടെ മാർഗമേ പറ്റുകയുള്ളൂ ചിലർക്ക് ജ്ഞാനത്തിന്റെ മാർഗമേ പറ്റുള്ളൂ തമ്മിൽ തർക്കിച്ചിട്ട് കാര്യമേ ഇല്ല രണ്ടുപേർ രണ്ട് അംശത്തോടെ ജനിച്ചവരാണ് ഒന്ന് വൈഷ്ണവാംശം ശൈവാംശം എന്ന് അദ്ദേഹം പിരിച്ച് അദ്ദേഹം തന്നെ ഉള്ളുകൊണ്ട് പറയും നരേന്ദ്രനാഥനെ ഞാൻ തുളസി കൊണ്ട് പൂജിച്ചപ്പോ അവൻ സ്വീകരിച്ചില്ല അവന് വില്ുവം കൊടുത്തപ്പോ അവൻ സ്വീകരിച്ചു ഭവനാഥൻ അദ്ദേഹത്തിന് തന്നെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു ഭവനാഥ് ചാറ്റർജിക്ക് ഞാൻ വില്ുവം കൊടുത്തപ്പോ അവൻ സ്വീകരിച്ചില്ല തുളസി സ്വീകരിച്ചു എന്നാണ് അവൻ ഭാവത്തിലുള്ള വ്യത്യാസം ഇതൊക്കെ തന്നെ അതീവ നേർത്തു ചിത്തത്തിന്റെ രണ്ട് ഭാവമണ്ഡലങ്ങളാണ് ആ ഭാവമണ്ഡലങ്ങളിൽ അദ്ദേഹം വ്യത്യാസം കാണും അതുപോലെ ഇന്ന പ്രകൃതിക്കാരെങ്ങനെ ഉണ്ടാവും എന്ന് അദ്ദേഹം തന്നെ നിരൂപണം ചെയ്ത് പറയും ഇന്ന പ്രകൃതി അവരിന്നെ പോലെ ഉണ്ടാവും ഓരോരുത്തരെ ഓരോ അംശമായിട്ടുമൊക്കെ അദ്ദേഹം പറയും ഇതൊക്കെ എങ്ങനെ ഗണിച്ചു ഓരോരുത്തരെയും എങ്ങനെ ഗണിച്ചെടുത്തു നരേന്ദ്രനാഥനെ ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അദ്ദേഹം മനസ്സിലാക്കിയത് ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോ തന്നെ താനിരിക്കുന്ന മുറിയിലേക്ക് നരേന്ദ്രനാഥൻ കടന്നു വരുമ്പോൾ തന്നെ രാമകൃഷ്ണദേവൻ പിന്നാലെ പറയുന്നു ഈ കൽക്കട്ട പട്ടണത്തിൽ ഇങ്ങനെ ഒരു ജീവനാവുന്നതാണ് വിവേകാനന്ദനെ വിവേകാനന്ദനെ അദ്ദേഹത്തിന് എങ്ങനെ അറിയും കൽ അന്ന് ലോകപ്രസിദ്ധനാണ് കേശവചന്ദ്രസേൻ അദ്ദേഹം എഴുതിയിട്ടാണ് രാമകൃഷ്ണദേവനെ കുറിച്ച് മറ്റു മാക്സിമുള്ളവരും മറ്റുമൊക്കെ മനസ്സിലാക്കിയത് ആ കേശവചന്ദ്രസേന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ശിഷ്യസമ്പത്തുണ്ടായിരുന്നു കേശവചന്ദ്രസേന ഉള്ള സദസ്സില് അന്ന് നരേന്ദ്രനാഥും പതിനെട്ട് വയസ്സ് പയ്യൻ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ ജോലിക്ക് വേണ്ടി തെണ്ടി തെരിഞ്ഞ് നടക്കുകയാണ് വിവേകാനന്ദ സ്വാമി പക്ഷെ രാമകൃഷ്ണദേവൻ അന്ന് ഒരു സദസ്സിൽ വെച്ചു പറഞ്ഞു കേശവചന്ദ്രസേനയിൽ ഐശ്വര്യ ഈശ്വര ഗുണങ്ങളൊക്കെ ഉണ്ട് കേശവചന്ദ്രസേന ഒരു മെഴുകുതിരിയാണെങ്കിൽ എന്റെ നരയൻ ഒരു കത്തി ജോലിക്കുന്ന സൂര്യനാണോ എന്ന് പറഞ്ഞു അപ്പൊ അതിന് വിവേകാനന്ദ സ്വാമികൾ നരേന്ദ്രനാഥൻ രാമകൃഷ്ണദേവനെ ഈ സഭ പിരിഞ്ഞുപോയപ്പോ ഉമ്മിണി ചീത്ത പറഞ്ഞു അങ് എത്ര ധൈര്യം ഉണ്ടെങ്കി എന്നീ കേശവചന്ദ്രനീസേനയും കൂടെ കമ്പയർ ചെയ്യും അദ്ദേഹം എവിടെ ഞാനെവിടെ ഞാൻ ഒന്നുമല്ലാത്ത ഒരു ഭിക്ഷാന്ഹി എന്നുള്ള അവസ്ഥയിലാണിപ്പോ ദാരിദ്ര്യം എത്ര ലോകത്തിൽ എനിക്ക് അറിവുമില്ല അയാളുടെ അത്ര പാണ്ഡിത്യവും ഇല്ല അയാളോടത്ര എനിക്ക് പരിവാരങ്ങളുമില്ല ഭക്തിയുമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു നീ എന്തു വേണമെങ്കിൽ പറഞ്ഞോളൂ എന്റെ അടുത്ത് അമ്മ ഉള്ളെന്ന് എന്തു പറഞ്ഞു അത് ഞാൻ പുറത്തു പറഞ്ഞു ഇത് നാളെ ചരിത്രം ഇത് സത്യമാക്കി കാണിക്കും എന്നാണ് വാസ്തവം പിന്നീട് വിവേകാനന്ദ സ്വാമി എവിടെ കേശവചന്ദ്രസേന എവിടെ പിന്നീട് നോക്കുമ്പോ അപ്പോ എങ്ങനെ കണ്ടു ഉത്ക്രമന്തം അദ്ദേഹം പറഞ്ഞത് ഒന്നും തെറ്റിപ്പോയില്ല അദ്ദേഹം ഗണിച്ച ആളുകളൊന്നും അദ്ദേഹം ഒന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് മുമ്പ് പ്രസിദ്ധനൊന്നും ആയിരുന്നില്ലേ ഇന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു അമ്പത് പേർക്ക് അറിയോ എന്തോ ഉള്ളൂ വേണ്ട കുറച്ച് ആളുകളെ പെറുക്കിയെടുത്ത് സത്യം ബോധിപ്പിച്ചു അതാണ് പ്രായോഗികമായിട്ടുള്ളത് അല്ലാതെ ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റിമറിക്കൽ എന്നുള്ള പരിപാടിയൊന്നും ഇല്ല ഇതൊക്കെ ഉള്ള പോലെ തോന്നും മാറുന്നത് പോലെയൊക്കെ തോന്നും അവസാനം ലക്ഷത്തിൽ ഒന്നുപോലും അവശേഷിക്കില്ല നേരെ മറിച്ച ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള മഹാത്മാക്കൾ വളരെ സൈലന്റ് വർക്കേഴ്സാണ് രാമകൃഷ്ണപരമെന്ന് അമ്പത് അറുപത് പേരെ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോൾ അറിയുള്ളൂ അദ്ദേഹം പതിനേഴ് യോഗികളെ ഉണ്ടാക്കി ആവേശാശ്രമം ഇത്രകാലം ഓർഗനൈസേഷൻ ആയാലും അതുപോലെ ഒരു യോഗി ഇനി പറ്റില്ല കാരണം എന്താ നമുക്ക് ഓർഗനൈസേഷൻ ഉണ്ടാക്കാം പക്ഷെ ഒരു മഹാത്മാവിനെ ആരും ഉണ്ടാക്കും ആ മഹാത്മാവെ എങ്ങനെ കണ്ടു ഉത്ക്രമന്തം ഉള്ളിലിരിക്കുന്ന വസ്തുവിനെ കണ്ടു കണ്ടു കണ്ടു പിടിച്ചെടുത്തു നമ്മുടെ മഹർഷി അരുണാചല ശിവനോട് പറയുന്നു ലോകത്തിലെവിടെ എവിടെയൊക്കെ പക്വജീവികളുണ്ടോ അതിനെയൊക്കെ പെറുക്കി പെറുക്കി എടുത്തു വെക്കണമെന്നാണ് അങ്ങനെയുള്ളവരെ പെറുക്കി വെച്ചത് കൊണ്ടാണ് അങ്ങയുടെ വൈഭവം എന്നാണ് അങ്ങയുടെ ശക്തിയല്ല എത്രയോ ലോകത്തിൽ അവിടെ ഇവിടെയും ഇവിടെ ഒക്കെ ഉള്ള പക്വകളെയൊക്കെ പെറുക്കി പെറുക്കി തൻ്റെ അടുത്ത് വെച്ചു പെറുക്കണമെങ്കിൽ ഗുരുവിനെ അറിയണമല്ലോ എങ്ങനെ അറിയുന്നു ഉള്ളിലുള്ള ആളെ കാണുന്നുവേ ഉള്ളിലുള്ളതിനെ കണ്ടുപിടിക്കുകയാണ് പലരെയും അങ്ങനെ കണ്ടുപിടിച്ചു അദ്ദേഹം ഈശ്വര കോടികൾ എന്ന് ചിലരെയൊക്കെ വേർതിരിച്ചു ഇവരൊക്കെ സാമാന്യത്തിൽ പെട്ടതല്ല എന്നാണ് ആ പതിനേഴു പേരിൽ തന്നെ ഏഴെട്ട് പേരെ അദ്ദേഹം മാറ്റി നിർത്തി ആ ഏഴെട്ട് പേര് അവർ ഒരിക്കലും സംസാരത്തിൽ കുടുങ്ങില്ല എന്നാണ് അവര് ജന്മനാഥന സിദ്ധന്മാരാണ് പരിശുദ്ധന്മാരാണ് ബാക്കിയുള്ളവർ അവരും മഹാത്മാക്കളാണ് അവരും മേൽപോട്ട് വരും ഇങ്ങനെ പതിനേഴു പേരെ അദ്ദേഹം മാറ്റി നിർത്തി ഇവരുടെ ഓരോരുത്തരുടെയും ഇഷ്ടദൈവം എന്താണെന്നും വൈശിഷ്ടം എന്താണെന്നും ഒക്കെ പറഞ്ഞു വിവേകാനന്ദ സ്വാമികൾ ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പോ രാമകൃഷ്ണദേവൻ അദ്ദേഹത്തിന് അസ്തീക്ഷ സ്പർശദീക്ഷ കൊടുത്തപ്പോ അദ്ദേഹത്തിന് ലോകം മുഴുവൻ മറിഞ്ഞുപോകുന്നതായിട്ടും ഒക്കെ തോന്നി പേടിച്ച് നിലവിളിച്ചു എനിക്ക് അമ്മയുണ്ട് സഹോദരിമാരുണ്ട് എന്നെന്താ ചെയ്യണത് അന്നൊക്കെ നിലവിളിച്ചു അപ്പൊ തൽക്കാലം മതി എന്ന് വെച്ചു ശ്രീരാമകൃഷ്ണദേവൻ പിന്നാലെ പറഞ്ഞിട്ടുണ്ട് അവനങ്ങനെ നിലവിളിച്ചപ്പോൾ എനിക്കൊരു സംശയം തോന്നി എന്റെ ദൃഷ്ടിയിൽ വല്ല കുഴപ്പമുണ്ടാവോ തനിച്ച് വിളിച്ച് പൂന്തോട്ടത്തിൽ ഉള്ളിലുള്ളത് മുഴുവൻ വിളിച്ചു ചോദിച്ചു അത്രേ ഇപ്പം വന്നത് എന്തിനാ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ സയൻസ് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്താ നമ്മളുടെ ഉള്ളിലുള്ള ഡി എൻ എ സെല്ലെടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതൊക്കെ പ്രഡിക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയണു ആ പ്രഡിക്ഷൻ ഒന്നും യോഗികൾക്ക് വേണ്ട അവർ വിളിച്ച് ചോദിച്ചു എന്നാണ് ശ്രീരാമകൃഷ്ണൻ പറയുന്നു ഇവനെന്തൊക്കെ ചെയ്യാൻ പോകണോന്നുള്ളത് മുഴുവൻ എനിക്കറിയാ എല്ല അറിയാം പക്ഷെ അവനോട് പോലും ഇത് പറഞ്ഞു പോകരുത് അവൻ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലായ ശരീരം ഉപേക്ഷിച്ചും കളയുന്നു ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കി ഉത്ക്രാമന്ത്രം സ്ഥിതം വാപി മാത്രമല്ല തനിക്ക് വന്ന തന്റെ കൂടെ ചേർന്ന് പതിനേഴ് പേരെയും അദ്ദേഹത്തിന് മുൻകൂട്ടി ദർശനം ഉണ്ടായിരുന്നു അത്രേ ഈ ഇവരൊക്കെ വരും അത് അവരോരോരുത്തരും വരാൻ വൈകുമ്പോ ഇദ്ദേഹം ദക്ഷിണേശ്വരം കാളിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് ഉറക്കെ കരയുന്നതാണ് അമ്മയെ വരൊന്നും വന്നില്ലല്ലോ ഇനിയും വന്നില്ലല്ലോ അവരൊക്കെ എപ്പോ വരും അതിൽ ഓരോരുത്തർ അവസാനം പൂർണ്ണ ചന്ദ്രഘോഷ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യൻ ആ പയ്യം വന്നതോടുകൂടെ രാമകൃഷ്ണദേവൻ പറഞ്ഞു പൂർണ്ണൻ വന്നു പൂർണമായി ഇനി ഈ കാറ്റഗറിയിലുള്ള ആരും വരില്ല ഇനി വരുന്നതൊക്കെ കുറച്ച് സാധാരണക്കാരെ വരുവുള്ളൂ പൂർണൻ വന്നതോടെ കഴിഞ്ഞു എന്നാണ് നോക്കണം എന്ത് സുവ്യക്തം ഇതാണ് യോഗികൾ എന്ന് പറയണത് അവര് സാമാന്യപ്പെട്ടവരല്ല നടിക്കാം യോഗിയായിട്ടും ജ്ഞാനിയായിട്ടും ഒക്കെ നടിക്കാം അതുപോലെ ഒരു വൈഭവം ഉള്ളിലുള്ള വസ്തുവിനെ സുവ്യക്തിത്വമായി കണ്ട് അതാണ് ശിഷ്യവിത് താപഹാരി എന്ന് ലക്ഷണം പറഞ്ഞു ഗുരു ആരാണെന്ന് വെച്ചാൽ ശിഷ്യവിത് ശിഷ്യനെ നല്ലവണ്ണം അറിയുന്നവൻ ശിഷ്യന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട് എന്നിട്ടോ താപഹാരി അയാളുടെ സംസാര താപത്തിനെ ഹരിക്കുന്നവൻ നമുക്ക് സാധാരണ അല്ലാത്ത ഗുരുക്കൾ എങ്ങനെയാന്ന് വെച്ചാൽ രണ്ടും കൂടെ യോജിപ്പിച്ചാൽ ശിഷ്യ വിത് താപഹാരി ചേർത്താ എന്താവും വിത്താപഹാരി ശിഷ്യന്റെ വിത്തത്തിനെ അപഹരിക്കാം ബാക്കറ്റിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അപഹരിക്കാം ഗുരുവോ ബഹവസന്ധി ശിഷ്യ വിത്താപാരിണ തമേകം ശങ്കറം വന്ദേ ശിഷ്യ സന്താപഹാരിണം അപ്പോ അതറിഞ്ഞ് അതെങ്ങനെ അറിയുന്നു അതിനുള്ളിലുള്ള വസ്തുവിനെ അവർ കാണുന്നു ജീവഭൂതമായ വസ്തുവിനെ കണ്ട് ഇറങ്ങി പോകുന്നതിനെയും കാണും ഇത് അവർ മാത്രമല്ല യത്നം ചെയ്യുന്ന യോഗികൾ പോലും കാണും എന്നാണ് അതാണ് അടുത്ത ശ്ലോകം കുറച്ച് യത്നം ചെയ്യുമ്പോ തന്നെ ഈ ജീവനെ വേർപിരിഞ്ഞ് കാണും ഉള്ളിലെ മനസ്സായിട്ടും ഇന്ദ്രിയങ്ങളായും വാസനകളുടെ പടലമായിട്ടും പിരിഞ്ഞു നിൽക്കുന്നതൊക്കെ കാണും സൂക്ഷ്മ ശരീരമായിട്ട് നിൽക്കുന്നതും കാണും അതിനു പുറകിൽ അല്പം ആഴത്തിൽ ചെല്ലുമ്പോൾ ഒരു കാരണശരീരത്തിന്റെ ആവിർഭാവം തുടങ്ങും കാരണശരീരത്തിന്റെ ആവിർഭാവം തുടങ്ങുമ്പോ നമ്മളുടെ ഉള്ളിൽ പല ഭാവങ്ങളും ചിലപ്പോ ഇരുട്ട് ചിലപ്പോ ശൂന്യത ചിലപ്പോ തളർച്ച ഇതിനെയൊക്കെ വെസ്റ്റേൺ മിസ്റ്റേക്സ് അവരൊക്കെ അതിന് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ജീവന്റെ കാളരാത്രി അധ്യാത്മ ജീവിതത്തിലുള്ള കാളരാത്രി എന്ന് ആകപ്പാട് കൂരി ഇരുട്ട് ആ കൂരിട്ട് കഴിഞ്ഞാണ് പ്രകാശം നിശീധേതമുദ്ധൂ ജായമാനേ ജനാർദ്ദനെ ആ നിശീധി കഴിഞ്ഞാൽ ജനാർദ്ദനൻ ജനിക്കും അവിടെ ഭഗവാന്റെ ആവിർഭാവമാണ് പക്ഷെ ആ കൂരാ എന്താ കാരണശരീരമാണ് അവിടെ വാസനകളുടെ മുഴുവൻ പടലം കിടക്കുകയാണ് അതും കൂടെ അങ്ങോട്ട് നീങ്ങിയാൽ സത്യം സൂര്യതുല്യം പ്രകാശിക്കും ഹൃദയത്തില് അപ്പോ അതിനെ അങ്ങനെ നീക്കിയെടുക്കുന്ന യത്നം ചെയ്യുന്നവർ പോലും ഈ ജീവൻ ശരീരത്തിൽ നിന്ന് തികച്ചും വേർപിരിഞ്ഞു നിൽക്കുന്നതിനെ കാണും ഇതാണ് അടുത്ത ശ്ലോകം നോക്കാം യഥന്തോ യോഗിനൈനം പശ്യന്താത്മന്യവസ്ഥിതം യഥയോപ്യഹൃതാത്മാനോ നൈനം പശ്യന്തേത സഹ യോ യോഗിശന പശ്യത്മനവസ്ഥോതസ യോഗി പശ്യ ആത്മനി അവസ്ഥ അപ്പ അകൃതമാനം പശ്യ യോഗികൾ യത്നം ചെയ്യുന്ന യോഗികൾ ഇന്ദ്രിയ നിഗ്രഹത്തോടു കൂടെ കൃതാത്മാന മനസ്സിനെ നിയന്ത്രണം ചെയ്തിട്ടുള്ള യതികൾ യതിവര്യന്മാരായിട്ടുള്ളവര് പശ്യന്തി ഈ ജീവനെ കാണുന്നു ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളുടെ സൂക്ഷ്മവാസനകളെ ഉള്ളിൽ പേറിക്കൊണ്ട് സഞ്ചിതകർമ്മ രൂപത്തിൽ ഇരുട്ടായിട്ടും ആഗാമി കർമ്മരൂപത്തിൽ ചെയ്യാൻ സാധ്യതയുള്ള വികാരങ്ങളായിട്ടും ഉള്ളിൽ ചലിച്ചു ഈ ചിത്തത്തിനെ ചിത്തത്തോടുകൂടെ ചേർന്ന് നിൽക്കുന്ന അഹംകൃതിയെ അവര് ആത്മനി അവസ്ഥിത്തം അവരിൽ തന്നെ നിൽക്കുന്നതായിട്ട് അവർ കാണുന്നു യോഗികൾ ഇതിനൊക്കെ പുറകിൽ ശുദ്ധമായ ചേതനയുടെ അധിഷ്ഠാനവും അല്പസ്വല്പം ഊഹിക്കാം പക്ഷേ ഇന്ദ്രിയനിഗ്രഹം ഇല്ലാത്തവര് അകൃതാത്മാനഹ മനസ്സിന് ശുദ്ധിയില്ലാത്തവര് അചേതസഹ ചിത്തശുദ്ധി ഇല്ലാത്തവര് ഇന്ദ്രിയനിഗ്രഹം ഇല്ലാത്തവര് എത്ര കണഞ്ഞു പരിശ്രമിച്ചാലും യഥെന്തോപി അകൃതാത്മാനഹം പശ്യന്തി അചേതസഹ ഈ വസ്തുവിനെ ഈ സൂക്ഷ്മമായ സത്യം അവർക്ക് പിടികിട്ടില്ല അവരെന്തെങ്കിലുമൊക്കെ ഭാവന ചെയ്യും ധ്യാനമൊക്കെ ചെയ്യുന്നുണ്ടാവും കിണഞ്ഞ് ധ്യാനിക്കും എന്തിനാധ്യാനിക്കുന്നത് ഇനി ഇവിടെ സ്വർഗരാജ്യം വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വരും എന്തെങ്കിലുമൊക്കെ പറയും അവരുടെ മനസ്സിന്റെ പെരട്ടൊന്നും അവർ കാണില്ല മനസ്സ് പല പെരട്ടുകളും നടത്തും ഉള്ളിൽ ഇരുന്നിട്ട് അതിന്റെ ജാലത്തിൽ വീണു പോകും ഇന്ദ്രജാലത്തിൽ വീണു ശരിയായ പരിശുദ്ധി ഇല്ലെങ്കിൽ ചിത്തശുദ്ധി ഇല്ലെങ്കിൽ സൂക്ഷ്മ ദൃഷ്ടി ഉണ്ടാവില്ല നേരെ മറിച്ച് ചിത്തം ദൃഷ്ടി സൂക്ഷ്മമാവും ദൃഷ്ടി സൂക്ഷ്മമാവുമ്പോ ചിത്തം മനസ് ഇന്ദ്രിയ വിഷയങ്ങളുടെ സൂക്ഷ്മരൂപങ്ങള് ഇതൊക്കെ ഉള്ളിൽ കാണാം അഹങ്കാരം ഇതൊക്കെ തന്നെ ഉള്ളിൽ കണ്ട് മനോബുദ്ധി അഹങ്കാര ചിത്താനീ നാഹം നച്ച ശ്രോത്രജിഹേ നാണനേത്രേ ന്യോമഭൂമിഹി ന ച തേജോനവായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ഇതൊന്നും തന്നെ ഞാനല്ല എന്ന് പിരിക്കാനുള്ള ശക്തി ഉള്ളിലുണ്ടാവും അതിനെ വേർപിരിച്ച് കാണാനുള്ള സൂക്ഷ്മ ദൃഷ്ടി ഉള്ളിൽ ആവിർഭവിക്കുന്നു അത്രയും കഴിഞ്ഞാൽ ആ തേജസ് ഉള്ളിൽ തെളിഞ്ഞുവരും ഉള്ളിലുള്ള തേജസ് പ്രപഞ്ചത്തിന് മുഴുവൻ മൂലകാരണമായിട്ടും സകല ഉള്ളിൽ ഹൃദയഗർഭത്തിൽ വസിക്കുന്നതായിട്ട് ഉള്ള ആ സത്യത്തിനെ അവര് അവരുടെ ഹൃദയത്തില് കണ്ടു തുടങ്ങും ആ വസ്തു പതുക്കെ പ്രകാശിച്ചു തുടങ്ങും അപ്പൊ എന്താ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ആകാശത്തിലും ഭൂമിയിലും സർവ പദാർത്ഥങ്ങളും ഹരിയുടെ ആവിർഭാവം ഹരിയുടെ പ്രകാശം ആ സർവേശ്വരന്റെ ദിവ്യപ്രകാശത്തിനെ പതുക്കെ പതുക്കെ പതുക്കെ അവർ കണ്ടു തുടങ്ങും തന്റെ ശരീരത്തിലും പുറമേക്കുമൊക്കെ അതിനെയാണ് ഭഗവാൻ അടുത്ത ശ്ലോകം മുതൽ പറയുന്നത് അത് നമ്മള് നാളെ കാണാം ഫാളാവനമ്പ്രകിരീടം ഫാളനേത്രാച്ചിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരതികൂട്ടം ശുദ്ധവക്േന്ദുചൂടം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവദേ ശിവംഭോ മഹാദേവദ ശംഭോ ശംഭോ മഹാദേവേവാ അംഗേ വിരാജഭുജംഗം അഭ്രഗംഗാദരംഗാഭിരാമോത്തമാ ടീകുറങ്ങിദ്ധ സംസേവിതഘ്രി ഭജേ മാർബന്ധു ശംഭോ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദേദ നിശേഷോകേശരിപം കാർത്തരാഗേന്ദ്രാപ കൃത്വാസം ഭജേ ദിവസന്മാർ ബന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദർപ്പനീശം ഠം മഹേശം മഹാവ്യോമകേശം കുന്ദിസൂര്യ പ്രകാശം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവാ മൂത്തെരുദാരം മന്ദഗേന്ദ്ര സാരം മഹാഗൌര് ദൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശംഭോ മഹാദേവേവ ശിവ ശംഭോ മഹാദേവേശ ശംഭോ ശംഭോ മഹാദേവേവേപി സുഗനസ്സന്തു सर्वे സു നിരാമയാേ ഭദ്രാണി പശ്യൻ മാ കിത് ദുഃഖഭാഗ് ഭവു കാചാ മനസേന്ദ്രി ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാവ കോമസം പരസ്മൈ നാരായ സമർപ്പമ